الحمد لله من الشيخ والمكيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على تيدنا محمد وآله وصحبه المعين البعض السادس وفي آفات الإذن ി അലാമാരിയാണ് ഈ ബാബിൽ പറയുന്നത് ഒന്ന് ഇൽമ കൊണ്ടുണ്ടാകുന്ന നേട്ടവും കോട്ടമുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞിട്ടില്ലേ ആ അതുകൊണ്ട് ഇൽമുണ്ട് കൊണ്ടുണ്ടാകുന്ന കോട്ടങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ പഠിച്ചുപോയാണ്ടാക്കിയൊരു കോട്ടം അതുപോലെ ആസുരത്തിന്റെ വിലമാന്റെ അലാമാ എന്താണ് പുലമാവ് സൂവിന്റെ അലാമത്ത് എന്താണ് ആരുമിനെ കണ്ടാലും ഞങ്ങൾ ഒലമ്മ ഉല്ലാസയാണോ അല്ലെ ഒലമ്മ ഉത്സോ ആണോ എന്ന് വേർതിരിക്കാനുള്ള അലാമാ അത് മാ വറദും എൽമിന്റെയും മഹത്വങ്ങളെ സംബന്ധിച്ച് വാരിദായ ഒരുപാട് നാം പറഞ്ഞു വക്കതഫലമാൽ വാരിതായിട്ടുണ്ട് സശീദാറത്തും അധീമത്തും കഠിനമായ സംബന്ധിച്ചുള്ള ഗൗരവ കാര്യങ്ങൾ വാടുതായിട്ടുണ്ട് ആ ഷീദാത്തകൾ അറിയിക്കുന്നു അലഹം അസബ്ദുൾ ഹത്തി അലാബൻ ലോകം ഏഴാമത് നാളിന്റെ അവസരത്തിൽ അലാബിനാൽ ഏറ്റവും കടുപ്പും കൂടിയവർ അവർ തന്നെയാകുന്നു എന്നാണ് ഈ തശിദാട്ടിൽ അറിയിക്കുന്നത് അതുകൊണ്ട് പമിനൽ മുഹിമാത്തിൽ നറീമ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ് മാലിഫത്തുൽ അലാമാസിൽ ആസ്രത്തിന്റെ ഒലമാവിന്റെ ഇടയിലും ദുന്യാവിന്റെ ഒലമാന്റെ ഇടയിലും വേർതിരിക്കുന്ന അലാമാസഞ്ഞുവക്കൽ വളരെ അനിവാര്യമാണ് ദുന്യാവിന്റെ ഉടമാവുണ്ട് ആഹ്രത്തിന്റെ ഒലമാവുണ്ട് എന്താ ദുന്യാവിന്റെ ഒരമാവ് എന്ന് പറഞ്ഞാൽ വനരനീതി ഒലമാ ഉൾ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ലൗകിക വിദ്യാഭ്യാസം കരസ്ഥമാക്കിയവർ എന്നല്ല ദുഞ്ഞാവിന്റെ കാര്യം നേടാൻ വേണ്ടിയിട്ട് ആഗ്രഹത്തിന്റെ മേൽ ഉപയോഗപ്പെടുത്തിയിട്ടാണ് പൊതു വിദ്യാഭ്യാസ ഓർമ്മല്ലോ മേലോ ഡിഗ്രി കരസ്ഥമാക്കിയുള്ള രമോ ദുഞ്ഞ എന്ന് വെച്ച് അവർക്കറുന്നില്ല നീന്ന് കോട്ടുണ്ടാക്കൂല ചിലപ്പോൾ നീനന് നല്ല വീത്താണ് സഹായകമാകുമെന്ന മുമ്പ് കൊണ്ടുണ്ടല്ലോ ഹുവൽ മൊക്കീദുൽ ഹയാത്തിൽ ദാസ ആ അല്ല കത്തില്ല ആക്ര ആക്രത്തിന്റെ കസ്തോടുകൂടി ദുഞ്ഞാവിന്റെ ഏർമറിപ്പിച്ചാലും ഇവിടെ ഉലമാ ഉദ്ദിഞ്ഞ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാട്ടാത്ത ഒന്നും ദുഞ്ഞാവിന്റെ ഭൌതിക വിദ്യാഭ്യാസവും തോന്നാൻ നിൽക്കാനാണ് വനാനിബിയോട് പറയുന്നത് വനാനി ബി ഒലമാദ്വിഞ്ഞ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഒലമായായ ഉലമാക്കനെ ഉദ്ദേശിക്കുന്നു അല്ല ഇങ്ങനെയുള്ളവര് ഇൽമ പഠിക്കലുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ദുന്യാവിന് സുഖമായിട്ട് ജൈനൂടലാണ് അതുപോലെ ജാഹു മൻസില ആരെടുക്കൽ ദുന്യാവിന്റെ അരികാരെടുക്കൽ ജാഹും മൻസിലയും കലത്തം മാത്രലിലേക്ക് എത്തിക്കരുത് അത് പരമമായ ലക്ഷ്യം അപ്പൊ ഇൽമല്ലത് തന്നെ പക്ഷേ ഉദ്ദേശം ജീവിക്കാൻ ഇപ്പോയതാണത് ഇവിടെ നടക്കും അതുകൊണ്ട് പരമാവസ് സുഖമായിരുന്നു قال صلى الله عليه وسلم برعينه إن أشد الناس عذاباً يوم القيامة قيامة ندي وسط العذاب نال يتهم شتغون والعلاق نديهم عالماً لم ينفره الله بإلمه الله سبحانه وتعالى علمه بغار الجياة عالمه النور نعطيها علمه السلام وعنه صلى الله عليه وسلم عن ابن منع قال لا يكون المرء عالما ومرئتن عالما حتا يكون بعلمه عاملا அவنده ilmu nisi amil cheyatha kalatholam alim enu anabathi pariyulladu ilma marumoda kodumba musliman Allahu alim enilla veedu wa qala sallallahu alaihi wasallam al alimu al al ilmu ilmani ilmun anallisa ിൽമ് രണ്ടു തരത്തിലുണ്ട് ഒന്ന് നാവമ്മലുള്ള ഇൽമ് അത് പതാലിക്ക ഹൃദത്തുള്ള ഹൽക്കി അള്ളാഹു സുബാനഹു വസാല ഹൃദ്യത്താണിത്തെതിരെ പടപ്പുകൾക്കെതിരെ ഇങ്ങനെ ഇൽമ ജന്മത്തിൽ നിന്ന് കേൾപ്പിക്കാൻ എത്തിയിട്ടുണ്ട് എന്നൊരു രഞ്ജത്താക്കലുണ്ടല്ല നിങ്ങൾ അറിവില്ലാതെ കഴിക്കാൻ എനിക്ക് സാധ്യമല്ല ഇൽമ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു ഈ വയൽമോ ഫിൽ കൽബി കൽബിൽ കടന്നൊരു ഇൽമൺ അതായത് ആ പതാലിക്കൽമൻ നാസി ആയ ഇൽമ അതാകുന്നു മറ്റേത് കൊടിനാട്ടിലായിരുന്നു വേറെ പ്രവർത്തനത്തിനോ കണ്ട് ജീവിതത്തിലൊന്നും ഉണ്ടാവില്ല പക്ഷെ ജനങ്ങൾക്ക് അറിവ് നേടാൻ അറിയാവുന്നുണ്ടോ മഹാലക്കെല്ലാം ജീവിതത്തെല്ലാം പറയുന്നു യക്കൂണത്തിൽ അവസാന കാലത്തുണ്ടാകും ജാഹരീയങ്ങളായ വലിയ വിഭാഗത്തു വന്നു വിഭാഗത്തിൽ നിന്റെ പേര് ചെയ്തേ ചെയ്ത പേരിലെല്ലാം ജീവിതം അതേ അവസരത്തിൽ ഒരുപാട് സുലമാകുണ്ട് പക്ഷോ ഉറക്കോ പുസ്താഖ്യങ്ങളോക്കിങ്ങൾമനെ നിങ്ങൾ പഠിക്കണ്ട എന്ത് ലക്ഷ്യത്തിന് ഇത് തുമാൻമാലമായും ചടുക്കൽ നിങ്ങൾക്ക് അതുകൊണ്ട് വലിയ പുകച്ചം കാട്ടാൻ വേണ്ടി ഉലമായും ചടയിൽ ഏറ്റവും കുറച്ചുണ്ടാവില്ല ഇയാളെ അങ്ങനത്തെ ആയി അയാൾ ഇയാളെ സാധാരണ പോലീസ് കിട്ടുമല്ല ഒരു സുമാറോമി ഹി സുഫഹാ അതുപോലെ സുഫഹായിന്റെ മുമ്പിൽ ഇങ്ങനെ മത്സരിക്കാനും സുപഹാന്റെ മുമ്പിൽ നിങ്ങൾ വെച്ച് പറഞ്ഞു കൊടുത്താൽ ഉണ്ടാവും ജനങ്ങളേക്കാൾ ബിരിജാനങ്ങളുടെ ആളായിട്ടുള്ള സ്ഥാനം കിട്ടുമല്ല വലു തത്രിപ്പോ ഹി വുജൂഹന്നാസിയിലേക്കും അതുപോലെ ജനങ്ങളുടെ ശ്രദ്ധങ്ങളിലേക്കുള്ള തിരിച്ചുവിടാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഇരുമ്പ് വലിക്കാൻ സമം സാരതാലിച്ച ഈ പറഞ്ഞ ലക്ഷ്യത്തോടെ ഇരുമ് പഠിച്ചാൽ പിന്ന അവരകത്തിലുഹു ഒരാളുടെ കയ്യിലുള്ള ഒരു ഇൽമ് അവൻ മറച്ചുവെച്ചു എന്നാൽ നരകത്തിനാലുള്ളൊരു കടിഞ്ഞാൽ അവന്റെ വായിക്കെട്ടുകൊടുക്കും ഇവിടെ നാവിനാണല്ലോ അവൻ സംസാരം നിർത്തിയിരുന്നു ആവശ്യമുള്ള എരുമ്പ് വറന്ന് കൊടുക്കാതില്ല അപ്പോൾ എഴുതി വറച്ചു വെക്കുന്ന ആളോ ഉലമാവ് തോന്നിപ്പെട്ടാളാവൂന്ന് ദലീല് പിടിക്കുന്നു അതായത് വിലമായ നരകം കിട്ടിയ അവസ്ഥ എനിക്കുള്ളത് വിരാമം ഇന്നാണ് അപ്പൊ വിടമാവ് തോന്നിച്ച ആവശ്യമുള്ള എൽമ മറഞ്ഞ് കൊടുത്തില്ല ദജാനെ പേടിക്കുന്നതിനേക്കാളാണ് ഞാൻ പേടിക്കുന്നത് ദജ്ജാലല്ലാത്ത ഒരു കുട്ടിനെ സംബന്ധിച്ചാണ് ദജ്ജാനെ പറ്റി പേടി കുറവ് സക്കയില വമാഅതാലിക്ക ആരാന്ന് ദജ്ജാലല്ലാത്ത തങ്ങളുടെ അല്ലാതെ പൊടിക്കുന്ന കമ്പനി സക്കാലം നിങ്ങളുടെ അയ്മത്തിൽ മൊബൈലിലെയും ജനങ്ങളെ വേകസിക്കുന്ന നേതാക്കന്മാരുണ്ട് ഐമത്തുകൾ അവരെ സംബന്ധിച്ചാണ് അതായത് ജീവിതവും അവരുടെ പതാവയും കൊണ്ട് ജനങ്ങൾ തെറ്റും മനസ്താൻ വലം വരാളെ ഇൽമാലിങ്ങനെ ഏറിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഹിതായത്തു കൊണ്ടോ ഏറിയിച്ചൂല്ല എന്നാൽ അന്നാടെ അവക്കൽ നിന്ന് അകൽച്ച മാത്രമല്ലാതെ ഒന്നായൊക്കെ വർദ്ധിച്ചിട്ടില്ല ഇൽമേറിയത് കൊണ്ട് മാത്രം അടുത്തൊന്നും കൊണ്ടിട്ടില്ല ആ ഇൽമിനനുസരിച്ച് ഹുദയില്ലെങ്കിൽ അകൽച്ച കൂടിക്കൊണ്ടിരിക്കുകയാണ് വക്കാല ഈസഅലിമ പറഞ്ഞു രാത്രി വഴി നടക്കുന്ന ആളുകൾക്ക് നിങ്ങൾ എത്ര കാലമാണ് ഈ വഴി പറഞ്ഞു കൊടുക്കുക രാത്രി വഴി നടക്കുന്ന ആളുണ്ട് അപ്പം വഴിയറിയാത്ത അവസ്ഥ ആയിരിക്കുമല്ലോ അവർക്കെല്ലാം വഴി പറഞ്ഞു കൊടുക്കുക വാൻസും മുക്കി മൂനം ആൽമുത്തഹിയേം വഴിയറിയാതെ കണ്ട് നിൽക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങളുള്ളതായി അത് അമ്മ പറഞ്ഞതാണ് രാത്രി വൈകുന്ന ആളാണ് വിവരമില്ലാത്ത ജാഹര്യങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് അവർക്ക് നല്ല വാതെ പറഞ്ഞു വൈവർന്നൊടുക്കുന്നുണ്ട് നിങ്ങളോ വഴിയറിയാളുകളും മുട്ട ഹീയനായിട്ട് നിൽക്കുന്നുണ്ട് ഇതും ഇനി വേറെ പല ഹരീസുകളും വലിയ അപകടമുണ്ട് എന്നറിയിക്കുക ഇൽമ കൊണ്ട് നേട്ടമുണ്ട് കോട്ടമുണ്ട് എന്ന് പറഞ്ഞാൽ ഇൽമു അപകടത്തിന് എത്തിയിട്ടില്ലെങ്കിലാണ് അപകടത്തിലേക്കാണ് എല്ലാം പോയത് ഫൈനൽ ആളിമ എന്തുകൊണ്ട് ആളിമ ഇമ്മ മൊത്തി ഹലാത്തിൽ അബദ്ധ് കാലാകാലമുള്ള ഹലാത്തിലേക്ക് കന്നപെടുന്ന ആളും ആവാം ആ ഒരു സഹാദത്തിന്റെ അബദ്ധം കാലകാലമുള്ള സഹാദത്തിലേക്ക് എത്തുന്ന ആളുകളും ആകാം രണ്ടാകും മുമ്പ് പറഞ്ഞല്ലോ ഇരുമ നിന്നെ എങ്ങനെയാലും വെറുതെ വിടൂല്ല ഒന്നിച്ച് നിന്നാ ആ വഴിയിലേക്ക് എത്തിക്കും ഇല്ലെങ്കിൽ വഴിയിലേക്ക് എത്തിക്കും ഇന്മദിന്റെ വെറുതെ വിടാൻ പോകുന്നില്ലാന്ന് പറഞ്ഞു രണ്ടാമൊന്നിലേക്ക് നേരം പോവും ഇൽമ കൊണ്ട് ഉപകാരങ്ങളുണ്ട് പിന്നെ അതിന്റെ കാരണം പറഞ്ഞത് പഹിന്നൽ ആലിമെന്ന് തുടങ്ങിയില്ലേ ഇൽമിന്റെ അപകടമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു കാരണം പറഞ്ഞത് ഇവനേതായാലും ഇൽമിൽ കടന്നു കഴിഞ്ഞല്ലോ കടന്നു കഴിഞ്ഞ കാരണത്താൽ താരത്ത് കിട്ടുന്നില്ലെങ്കിൽ സലാമത്ത് ഏതായാലും തടയപ്പെട്ടിട്ടുണ്ടാവുന്നു ല്ല ജാഹിരാണോ എന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഒഴിഞ്ഞു മാറാനുള്ള നിർത്തിയേ ഇല്ലാണ്ട് ശാഖത്ത് കിട്ടുന്നില്ലെങ്കിൽ സരാമത്ത പാസ് മാർക്കമെങ്കിൽ രക്ഷപ്പെടുകയും അതാണ് അതുമില്ലാണ്ടാണല്ലോ ശാഗത്താമ ഉന്നതിയും വലിയ ഡിഗ്രിയൊക്കെ കിട്ടുക ശരാമത്ത അതിന്റെ താഴെയാണ് ആ അതുമില്ലാണ്ട് ഇപ്പോ അപ്പൊ അയാൾക്ക് വലിയ സർക്കാർ സ്ല്ലാം പാസ് മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്നാൽ പിന്നെ തോക്കാണ്ട കലാമസല്ലേ അതുമില്ല ഇനി ആ സാറുകൾ പറയാൻ പക്കത് പറയുന്നു ഈ ഉമ്മത്തിന്റെ മേൽ ഞാൻ ഏറ്റവും ബോധിക്കുന്നത് വിവരമുള്ള മുനാഫിഫിനെപ്പറ്റിയാണ് എനിക്ക് വല്ലാതെ ബോധ്യം അതുകൊണ്ടാണ് ഇൽമുണ്ട് അതോടൊപ്പം തന്നെ മുനാഫു കൂണ്ട് ആലോനും അറീമൻ വിവരമുള്ള ആളും എങ്ങനെയെന്ന ചോദിക്കുന്നത് ആലപ്പം പറഞ്ഞത് അലീമുൽ ലിസാൽ ജാഹി ഉൽ കൽബി അൽ അമൽ അതാ മുനാഫിക് ഉള്ളും പുറം മിജാസ് ഉണ്ട് ലിസാൻ അൽ അയാൽ അമൽ എന്ന് നോക്കിയാൽ അയാക്ക് ഇൽമുണ്ട് പഠിച്ച മുനാഫിക്ക് وقال الحسن رحمه الله رضينا لا تكن من من جمع علم العلماء وطرائف الحكماء ويجدي العمل مدرسه فاض تلك الايه لنا اللهم رب العالمين اللهم صل على محمد اللهم رحمه محمد ওর কন্ট্রিনিং এ জহাল ভরপിക്കുന്നটা বলতে চাইছি না പ്രവർത്തന രംഗത്തെത്തിയ ജാഹലിന്റെ പണിയും ഇവന്റെ പണിയും തുല്യ നീട്ടില്ലാണെന്ന് അതുകൊണ്ടല്ലേ കാല്പോട്ട് മ്യാസിനുകൊണ്ടാണ് ഹറ്റം ദ്രവ്യൻ ബാഹു എന്ന് പറയുന്നു നീ ഒരു കൂട്ടരലാകാൻ പാടില്ല വരമ്മന്റെ എംബൽ എം അയാൾ ഒരുമിച്ചു കൂട്ടി ഹൊക്കമ്മന്റെ അത്ഭുതകരമായ കൗതുകകരമായ ചില മജനങ്ങളൊക്കെ എല്ലാം ഒരുമിച്ചു കൂട്ടിയിട്ടുണ്ട് ആമലിന്റെ രംഗത്തെത്തുമ്പോൾ അതേ പടിയിലാ പോലും അങ്ങനെ നീ ആകേ വേണ്ട ി അബിഹു എന്നോടൊരാൾ പറഞ്ഞ് ഞാൻ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നു പക്ഷെ അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന തൊഴിലുണ്ട് സക്കാല അപ്പോൾ അബൂഹുറൈറത്ത് റബി അള്ളാഹെന്ന് പറഞ്ഞ് കഫാബി തർക്കിൽ നിന്ന് ഇള്ളാഹത്തല്ല ഇൽമയെ ഉപേക്ഷിച്ചത് തന്നെ ഇള്ളാഹത്തനം എനിക്ക് പഠിക്കാൻ ആശയുണ്ട് പക്ഷെ നഷ്ടപ്പെടുമ്പോൾ ബോധ്യുണ്ട് അതുകൊണ്ട് പഠിക്കാണ്ട് എടുക്കുക എന്നല്ലേ തോന്നല് ആ പഠിക്കാണ്ട് തന്നെ ആ നഷ്ടപ്പെടുത്തി തുടങ്ങിയല്ല വകാലനി ഇബ്രാഹിമിന് വഴിയ ഹൃദയവാഹങ്ങളോട് പറയപ്പെട്ട അയ്യന്നാസി അതുപോലെ അത് മതി മാറ്റി ഇങ്ങനെ പഠിക്കാണ്ടെന്ന് മറ്റെന്ന അമൽ ചെയ്യാ തുടങ്ങിയെന്ന് തോന്നിച്ചതിട്ട് പണി തുടങ്ങാതെ സാധനം ഉണ്ടല്ലേ ഇബ്രാഹിമിന് വഴങ്ങിയിലെ റമിയാഹുലിനോട് ചോദിക്കപ്പെട്ട അയ്യുന്നാസി അത്തോലെ രതമാൻ ഖേദത്തിനാൽ ഏറ്റവും കൂടുതലായവർ ആരുജനങ്ങളെ കൂട്ടത്തിലും ആലപ്പം പറഞ്ഞു അമ്മാസി ആചരിദ ദുഞ്ഞാവിന്റെ കാര്യമാണോ നിങ്ങൾ ചോദിക്കുന്നത് ചേരപ്പാട് സ്വസാനികന്മാരോ മീരാമലാ ഇറോ നന്ദി കാട്ടാത്ത ആകെ ഉപകാരം ചെയ്ത് കൊടുക്കുന്ന ആളാണ് ഏറ്റവും നേരെ കാര്യങ്ങൾ നന്ദി കാട്ടാത്ത ആകെ ഉപകാരം ചെയ്തു അയാൾ നന്ദി പ്രചരിപ്പിച്ചിരിക്കുന്നത് ഇയാൾക്ക് ഉണ്ടത് തന്നെ ഞാനെപ്പോഴും കേരളം നേരത്തേക്കുള്ള കേരളാണോ ചോദിക്കുന്നത് എന്ന സാരിന്നും മലിന്റെ വിഷയത്തിന് മുപ്പതി താഴെ ആര്യമാകുന്നു സഫ്രീദ് സഫ്രീദ് ഇഫ്രാത്താകുമ്പോ കര കവിയതല്ലേ സഫരീദ്കുമ്പോ വേണ്ടതും ഇല്ലാണ്ടതിനാണല്ലോ മുക്കാലൽ ഖലീദ് പിന്നെ അഹമ്മദ് റഫിയുള്ള പറയുന്നു അർത്ഥാലു അറോപ്പാടത്തും ജനങ്ങൾ നാല് തരക്കാറുണ്ട് ഒന്ന് റജു ഗതിരി വൈദരി അല്ല ഹൂ എതിരി വൈരി അയാൾക്ക് വിവരമുണ്ട് വിവരമുണ്ട് എന്ന് അയാൾക്ക് ഇപ്പൊ അറിയാൻ തന്നെ നല്ല ബോധമുണ്ട് അയാൾ ആരായിരിക്കും ഫലാലിക്ക് ആരെയുമാണ് അയാളത് ശരിയായ ആരെയും വിവരം ഉണ്ടായാലും വിവരുണ്ട് എന്നുള്ള ബോധം അയാൾക്കുണ്ട് ഞാൻ ആരുമാണ് ഞാൻ എങ്ങനെയും കഴിക്കാൻ പറ്റൂരാണ് ബോധമുണ്ട് അന്നാ അയാൾ ആര്യമാണ് ഭക്തമോ അയാളെ പിമ്പറ്റാം രണ്ടാമത്തൊരാൾ റജുലും ഗെതിരി മലായെതിരി തന്നെ പോയിരുന്നത് വിവരമുണ്ട് പക്ഷെ വിവരമുണ്ട് എന്ന് ഇപ്പൊ അയാൾക്ക് അറിയില്ല അയാൾ എനിക്ക് ഉറങ്ങുന്നത് അല്ലെ ഇപ്പൊ താളിക്ക് നായും അയാൾ ഉറങ്ങുന്ന ആളാണ് പായിപ്പോ അയാളെ ഉണർത്തുക വിവരമുണ്ട് വിവരുണ്ട് ഇപ്പൊ അയാൾക്ക് ഓർമ്മ ഉണ്ടാവില്ല ഉറങ്ങുന്നത് ഉണ്ടാവോ വറതിലുള്ള യായതിരി വയതിരി അന്ന ഹോലായതിരി വിവരമില്ല ഞാൻ സ്വയം അറിയാം അയാൾ ആരാണ് അയാളെ പതായിരിക്കും മുത്തറച്ചോ അറസ്റ്റിലുമോ അയാൾക്ക് വിവരം പറഞ്ഞു കൊടുക്കാൻ പറ്റിയതാണ് നേര അയാൾ പറഞ്ഞു കൊടുത്താൽ എന്താക്കാൻ അയാളെ നേരെയൊക്കെ നീയും അയാൾക്ക് വിവരം ഇല്ല വിവരം ഇല്ല എന്നയാൾക്ക് ബോധ്യമുണ്ട് ഞാൻ വിവരമില്ലാത്ത ആളാണ് ഓ രജനായതിരി വലായതിരി അന്നോലായതിരി നമ്മൾ പള്ളാലിക്ക് ജാഹരം അയാളാണ് മുഴക്കൻ ജാഹി അയാളെ തള്ളിക്കളയാണ് അയാളെ നേരേക്കില്ല ഇവരില്ല ഇല്ലാതെയാ ഇവരം അയാൾക്കില്ല അയാൾ എപ്പോഴും ഞാൻ കേൾക്കാൻ ചില മുറക്കമല്ലോ പലരോട്ടെ അധികരിക്കില്ല എനിക്കും അറിയാമെന്നല്ലോ അവർ കുറച്ചൊക്കെ അറിയാവുന്നവര് അങ്ങനെയല്ല കൂടുതലും അറിയാത്ത ആരുടെ നിങ്ങൾ ബാക്കി വെച്ചിട്ട് പോയി صفيان التوري رحمه اللهنده പറയുന്നു അവര പറയുന്നു യഹതികുൻ ഇൽമു ബിൽ ഇൽബിൽ അമല ഫയനജാബഹു വഇല്ലർതഹല ഇൽമദ അമല കൊണ്ട് വിളിച്ചു പറയുന്നു ഇൽമ പറയുന്നു എന്നകൊണ്ട് अमल ചെയ്യ വീനെ നിങ്ങളെ വിളിച്ചു വരും ഫയനജാബഹു ആ വിളിച്ചു പറയുന്നു തരം ജെങ്കോ എന്ന നല്ലതന്നെ വഇല്ല എന്നല്ലേ നിർതഹല ഇൽമന്നങ്ങള് പോയി കളയുന്നോ فقال إجل المبارك رضي الله عنه إنه العيذان المرء عالما ما طلب الإلمه فإذا لن أنه قبعلم فقد جهلا ولمنشاً إلمنا سورة لغالى الطورم حيال عالما حيالة الكريا للعيه إنه مضي ولمن بغضي عايه أنه روميان أنه لعليه جاليه أما الثلاثة أمثاله سيكون منه ساميه أما الثلاثة أمثاله بكمناه ശരിയാല്ലെന്നു നമ്മെല്ലാം പഠിച്ചിന് കള്ളാസ് കിട്ടീന് ഗ്ലൂക്കോസിന്റെ വിസ്റ്റിന്റെ പാക്കറ്റും ഒരു കള്ളാത്തും കിട്ടിയെന്നോ റഫീലവന് ഓട്ടർ കമ്പനം കൂട്ടാൻ ഞാൻ അറിഞ്ഞുപോയി എന്ന് തോന്നിയാൽ അക്കത് ചഹീര അതും ഒരു ജാതെ മക്കാൽ ഫുഡ് പിന്നിൽ യാതൊരു റവിയെന്നോ എന്ന് പറയുന്നു ഇനിയില്ല അവഷമത്തൻ എനിക്ക് മൂന്നാളോട് വല്ലാത്ത ഖേദം എന്ന് വെച്ചാൽ വല്ലാത്തൊരു സിമ്പിൾ കോമിയാണ് ഒരു അനുഗമ്പതരില്ലേ മൂന്നാളോട് ഒന്നാരം തന്നെയോ അസീസ് കൗമിൻ തല്ല അയാള് കൌമിന്റെ വലിയ മാന്യനായ ഒരാളായിരുന്നു അയാൾ ഇപ്പൊ ആകാൻ പഴയ വില്ലത്തിലേക്കുന്നത് പണ്ടവരി കേമനായി നടന്ന ഒരാള് ഇപ്പം വളരെ വില്ലത്തിലായിപ്പോയി അപ്പൊ അയാൾക്ക് വലിയ തോക്കാന്നല്ലേ പിന്നെ വ കഴിഞ്ഞ കോമൻ ഇഷ്ടക്കറ ഒരു കോമിലുള്ള വലിയ പണക്കാരൻ ഇപ്പോൾ അയാൾ പാപ്പറയിപ്പ് പിന്നെ രണ്ടായില്ലേ അയാൾ ആദ്യം ഇഷ്ടത്തിലാണ് പിന്നെ ഇല്ലത്തിലായി ആദ്യം കഴിഞ്ഞാണ് ഇപ്പൊ കത്തിറയിപ്പ് വ ആരിമൻ തലമിഹിൻ ദുഞ്ഞ മറ്റൊന്ന് ദുഞ്ഞാവ് കളിക്കോപ്പാക്കി കളഞ്ഞു ആരെയും ഒരു ആലിമനെ കൊടുക്കും ദുഞ്ഞാവ് ഇയാളെ കളിപ്പിക്കരുത് അയാൾ ഇങ്ങോട് കാണുമ്പോൾ അല്ലാതെ ഏതോന്നി ഇങ്ങനെ പിടിക്കും വക്കാലൽ ഹട്ടൻ തുടങ്ങിയല്ല എന്ന് പറയുന്നു ഒക്കോമത്തുള്ളലുമായി മൗത്തുൽക്കൽബം വലമാനെടുത്ത സിരിച്ചെന്താണ് ചാട്ടമാറൊന്നുമല്ല കൽബ് ഒരിക്കലാണ് അപ്പൊ മൗത്തുൽക്കൽബ് എന്ന് പറഞ്ഞാൽ എന്താ തലമുദ്ഞ്ഞി അമലില്ലാഹര ആഹരത്തിന്റെ പണിയെടുക്കുകയും ചെയ്യാൻ തുഞ്ഞ കൊതുകരും ചെയ്യുക അതാണ് മൗത്തുൽ കൽബ് എന്ന് പറഞ്ഞത് وَمَنْ ോ അജിബുത്തോത്തുതീ ബി ആജമൂന്നാലോഞ്ഞാസിജൂ അജിബുത്തോ ഞാൻ അത്ഭുതപ്പെടുകയാണ് അതി മുബത്ത ബിന്തുദ കൈമലി ഹിതാചൃതി ആ ഹിതായും കൊടുത്തിട്ടുണ്ടാക്കി നാലു മാറി സമാപേഹത്തിചാർത്വം ഹിതായല്ല എത്രമുള്ളനാകാത്ത ബിരുഹുതാന്നല്ലേ ജ്യൂതന്മാരാണ്പ്പറ്റി പറഞ്ഞിരുന്നു റബീസുൽ അനുഭവം വന്നിട്ടും കൂടെ തങ്ങളെ കൊണ്ട് അംഗീകരിക്കില്ല അപ്പൊ ഹിദായത്തിനെ ടൈമിൽ കിട്ടി സാദിയാകാമായിരുന്നു അല്ലെ റബി ഉൽവാഹനെ പറഞ്ഞു പോലും സാദിയാകുന്നതിന്റെ പ്രാകരിതണ്ടാക്കി അല്ലാതെ വേദത്ത് വാങ്ങേണ്ട തങ്ങൾക്ക് എഴുതിയു എന്നാ വമഞ്ഞരി ദുഞ്ഞില്ലെ വിറ്റിട്ട് ദുഞ്ഞാവ് മാങ്ങുന്നാണോ ആജമ അതിനാക്കാണ് അജപ രണ്ടു കൂട്ടർ വാജബ് മിന്നാലേനി ഈ രണ്ടു കൂട്ടരേക്കാണ് അജമുള്ള ആൾക്കാരാണെന്ന് അറിയാം മമ്പാര ദീനോ ബി ദുഞ്ഞ ദീനിനെ വിച്ചി പിന്ന ദുഞ്ഞാവിന്നി അത് രണ്ടോന്നെയാണ് രണ്ടാമത്താണ് ദുഞ്ഞാവിനെ വാങ്ങി ബീൻ ലിച്ച് വീൻ വിച്ച് കാശ്ചാത്തി ദുഞ്ഞാവ് രണ്ടാമത്താണ് ഇനി മൂന്നാമത്തേതോ അതിനേക്കാണ് അത്ഭുതം ഇങ്ങനെ ഓരോ ഗ്രഹില്ല പറയുന്നത് അധികത്തോട് നിർത്താ എന്ന കാലത്തിന്റെ അജപ് ഇത് രണ്ടിനേക്കാളും ആജപേതാ വന്നത് ിന് വേണ്ടി ഇവന്റെ ദീപ അവിവരിക്കുന്നു അല്ല അപ്പൊ ഈ മൂന്നാം നമ്പർ കാരണം മിൻ ദൈനി ആദ്യം പറഞ്ഞ രണ്ടെണ്ണത്തിനേക്കാണ് ആദ്യ ബന്ധു പറഞ്ഞിരിക്കുന്നത് അതാബ് ചെയ്യപ്പെടും അതിൻ്റെ നരകത്തിന്റെ ഹരികാർ അവനും വളങ്ങനെ ചുറ്റും കൂടുകയാണ് കാരണം ഇവൻ നികിയ അതാബിന്റെ കാഠിന്യം കാരണത്താൽ ഈ കാഠിന്യം കാണാൻ വേണ്ടി എല്ലാവരും വളർന്നുകൂടെ തിക്സനുഭവിക്കുന്ന ആളുകളാണ് വന്നിട്ട് കാണുന്നത് നമുക്കൊന്നും ഇല്ലാത്തവരെ ആദാബ് ഇവിടെ കടന്നു ൽ ഫാജി അലിമിനെ പറ്റിയാണ് ഈ പറഞ്ഞത് ഇന്നൽ ആലിമ എന്നുള്ള എല്ലാലിമിനെ പറ്റിയല്ലാമത്ത് പറയുന്ന സമയത്ത് ഞാൻ കേട്ടിമി യൗമൽ കയാമത്തിന്റെ ദിവസത്തിൽ ആലിമിനെ കൊണ്ടുവരപ്പെടും അതാ ആലിമൽ എന്ന് പറഞ്ഞത് ഫയൂർ കാഫിന്നാലി അങ്ങനെ നരകത്തിലിടപ്പെടും പകന്തലിക്ക് അത്താബു അവന്റെ കുടൽമാല പുറത്തുചാടുന്നു ആ കുടൽമാലിയുമായി അവനിങ്ങനെ ചുറ്റുകയാണ് കമാറും ആശങ്കലിന്റെ ചുറ്റുഭാഗത്ത് കട്ട് ചുറ്റാറുള്ളതുപോലെ ചകതങ്ങ ആശങ്കയിലേക്ക് ചുറ്റുന്നത് പോലെ കുടൽമാലിയും ഉപയോഗിച്ചു നടക്കുന്നു അവർ നരകത്തിന്നാലുകാർ അവനെ ചുറ്റും കൂടി അതാണ് ഏറ്റവും പറഞ്ഞ അറിയിച്ചത് തുടക്കാത് ൂന അവർ ചോദിക്കുന്ന എന്റെ മുതൽക്കും ഞാൻ കയറുകൊണ്ട് കൽപ്പിക്കുന്ന ആളായിരുന്നു പക്ഷെ ഞാനൊന്നും പ്രവർത്തിക്കാറില്ല ചെറുത് വിരോധിക്കാറുണ്ട് പക്ഷെ ഞാനത് ചെയ്യാറുണ്ട് അടുത്തിൽ വെച്ചിരുന്നില്ല അതെന്താണ് നരകത്തിൽ മറ്റുള്ള ആളിലേക്കാണ് കടുപ്പുള്ള കൃഷി കിട്ടുന്നതിന് കാരണം പറയണ്ടേ വൈദ്യമായുള്ള കടുപ്പം കൂടാൻ കാരണം അറിവോടുകൂടിയാണ് ഇവൻ മാസിയേറ്റ് ചെയ്തത് അതാണ് കാരണം വലിതാലിക്കതുകൊണ്ടാണ് കാലുള്ള നരകത്തിന്റെ അഴിക്കട്ടില്ല പറയാൻ കാരണം എന്താണ് നരകത്തിന് ഏറ്റവും അടിസ്ഥട്ടിലേക്ക് മുന്നാക്കിട്ട് പോവാ കാരണംഹും കിട്ടിയതിനു ശേഷമാണ് നിഷേധിക്കാതിരിക്കുന്നത് അങ്ങനെ സ്വീകരിക്കല്ലൂതന്മാരും നസാദാക്കളും നോക്കിയാലും നസാദാക്കളേക്കാളും ജൂതന്മാറ അതുകൊണ്ട് ഇനി നമ്മൾ അതേ സമയത്ത് ജൂതന്മാർ ഉണ്ടാക്കിയിട്ടില്ല അള്ളാഹു താൻ ഒക്കെ വലതുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല മൂന്ന് ലൈവങ്ങളിൽ വഴി ഇരാഹാണ് അള്ളാഹുന്ന് ഉണ്ടാക്കിയില്ല ഓറും പറഞ്ഞിട്ടില്ല അപ്പം കഴിച്ച വാത ആടിക്കണ്ട നസാറാക്കൾക്കുണ്ട് ആ വാദം മാറിച്ചില്ല ജൂതന്മാർക്കില്ലാണ്ട് എന്നിട്ടും ദൂതന്മാറാനായി നസാറാക്കളേക്കാളും ഒറ്റക്കാർ അതിന്റെ കാരണം ഇല്ലാ നോ ബാദിൽ മാരിഫ നബീസല്ല അനീ വസല്ലമ്മ ത തങ്ങള ആ തവറാത്തിറഞ്ഞ നബിയാണ് ഇരുപത്തി ഇരുന്നതിന് ശേഷം ഇന്ത്യ പക്ഷെ ലൂതന്മാരൊക്കെ കടുപ്പം കൂടിയിട്ടുണ്ടാവും മസാറാക്കൾക്ക് തങ്ങളകാലത്ത് തസാറാക്കൾ മരിപ്പത്തിന് ശേഷം അതേ തവറ ഇന്ത്യയിലുണ്ടല്ല അവർക്കറിയാം സ്വന്തം മക്കളറിയുന്നത് പോലെ മക്കളെ കണ്ടാൽ ഇതെന്റെ ജാതൂരാണ് ജീവന ഞാൻ കാണാം നബീ സാഹ അലീ വസ്കള് അള്ളാഹ് റസൂലാണ് ജീവിച്ചത് എന്താ പറയുന്ന അങ്ങനത്തിനാണ് കൊണ്ടൊല്ല ഇതിന് എന്തെല്ലാം കളക പറഞ്ഞ മൾക്കും മാത്രം പറഞ്ഞത് നബീഹന്റെ മോനാണ് എന്ന് പറഞ്ഞത് എന്റെ നബീഹന്റെ അപ്പൊ നോക്കന്മാര് നന്ദി ഹാനി ഇസ്മാനെ ഇസിലാമിൽ കൂടിയാ വന്നതും ചെയ്തു അപ്പൊ നന്ദിയെ മാറ്റി ഇസാത്ത വിശാഖത്തിൽ കൂടി ഞങ്ങൾ മനസ്സിലല്ലോ അപ്പൊ ഇശാഖായിരിക്കുമ്പോ ഇശാഖത്തിൽ കൂടി വേണമെന്ന് വേറെ ഇതെങ്കിലും വന്നിട്ടില്ല പക്ഷെ അമ്മ പറഞ്ഞത് വിറപ്പിച്ചല്ലേ ഞാൻ ഇഷ്ടത്തി അബ്ദുല്ലാഹി മലൈസ് ഒന്നാളല്ലേ അഭ്യാം ജൂതന്മാർ വഹിച്ചാണ് മുച്ചരിക്കുന്ന യുദ്ധം ഔസ ഹദനത്തിന്റെ യുദ്ധം നടന്നത് അവരെ പറ്റിന്റെ മദീനത്തെ ആരാ ഉണ്ടായിരുന്നത് ഔസഹ ഹസത്തിൽ ശരിയായ മുച്ചരിക്കുന്നത് യമീന്റെ വന്നിട്ട് കബീലയാണോ പിന്നെ പഴയാണ് പിന്നെ ജൂതന്മാർ എവിടെ നിന്ന് രാജാക്കന്മാർ ആട്ടിപ്പാച്ചിട്ട് ചാന്തി അത് കാരണം എന്താണ് ജൂതന്മാരുൾപ്പെട്ടത് കൊല്ലങ്ങളാ അന്നേത്തെ രാജാവ് ക്രിസ്ത്യാനിയാണ് ആ രാജാവിനെ ബാധിച്ചു ഈ മതന്മാരെയുള്ള ബാധിച്ചകളെന്ന് പറഞ്ഞ എണ്ണവിന്റെ നാട്ടിലാണിക്കണ്ടൂതന്മാരത്തെ പായിച്ചൊടുക്കും ഞാൻ പറഞ്ഞുകൊണ്ട് ഏട്ടക്കാലത്ത് നിക്കമ്പൂലും അങ്ങനെ പാലിച്ചിട്ട് മദീനത്തിന്റെ പുറത്ത് വന്നിട്ട് ഗംപിടിച്ച് അടങ്ങി കഴിഞ്ഞ സ്ഥലമുണ്ട് അപ്പോ വന്യകേറ്റക്കാർ ഇവർക്കിടയ്ക്ക് അടവെന്താണ് മുസ്ലിക്കങ്ങളെ വായിച്ചിട്ട് മദിനം പിടിച്ചടക്കിട്ടാണ് അപ്പൊ മുസ്ലിക്കങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ചെക്ക് തോൽപ്പിച്ച് ഇവർ കാറാനേ വിടൂല അപ്പൊ ആ അവസരത്തിൽ എന്താകും നമ്മളിപ്പം തൽക്കാലം തോറ്റി എനി ഒരു നബി വരും സൗറാദനത്തിന്റെ ഇവരും പറയുന്നു വലിയൊരു നബി വരും ആ നബി നമ്മുടെ വാർത്ത കാരണം നിങ്ങക്ക് കല്ലും മണ്ണും ആരാധിക്കുന്ന ആളായിരുന്നു മുസ്ലിക്കല്ലേ ആ നബി മുസ്ലിഖിന്റെ കൂട്ടത്തിൽ കൂടുതല മുസ്ലിക്കിനെതിരാണ് അപ്പൊ സൗഹാസിന്റെ ആളെന്നേക്ക് ആ വാർത്ത പിന്നെ കൂടലുണ്ടാകില് നമ്മളെ ആ വാത്തലിന്റെ കൂടല് അപ്പൊ ആ നബിനെ കൊണ്ട് നമുക്ക് സഹായം കൂട്ടും നക്കെന്താക്കും മുസ്ലിഫങ്ങളോട് ഇവർ എന്താക്കും വെല്ലുവിളിക്കും തോച്ചു നാറുമ്പോൾ ആ നബി ബന്ധത്വം പറഞ്ഞ പറഞ്ഞാൽ ഇവർ അല്ല പടമ്മാ ജാഹം മാ അറപ്പു ഇവർ അറിഞ്ഞല്ലോ അറിഞ്ഞിട്ടാണല്ലോ പ്രഖ്യാപിച്ചത് ആരോട് മുസ്ലിക്കങ്ങളോട് അവസാന കാലത്ത് നദി വരും ആ നദി വന്നാൽ ആ നദി മുഖേന എന്താക്കും നമ്മളൊപ്പം കൂടിയിട്ട് നിങ്ങളുടെ പഠിക്കും നീ ഇപ്പൊ ജയിച്ചത് നോക്കേണ്ടാണെല്ലാം പറയുന്നത് ആ അറിഞ്ഞ കാര്യമെന്താണോ അത് അത് കപ്പറോ നീ അവർ അതുകൊണ്ട് കളവാക്കിയാണ് ശരിക്കെന്നാ മാ അറഫ് അവിടെ വക്കദാനെപ്പറ്റി പറയേണ്ട അല്ല ജാന്റെ പാലേക്ക് വരുമ്പി മാ പറയേണ്ട ആ കാര്യം എന്തായിരിക്കും നബീസല്ലെന്നാളെ സല്ലമ്മ തങ്ങളല്ലേ വന്നാൽ എന്നാൽ തങ്ങൾക്കുള്ള നഹത്ത് സിഫാസ് എന്നുള്ള അവനെ കഴിപ്പല്ല സൗറാത്തിരി സൗറാത്തിൽ പറയപ്പെട്ട നബീസല്ലെന്ന തങ്ങളല്ലല്ലോ സൗറാത്തിരില്ല തങ്ങളെ വിശേഷണങ്ങളാണ് അതെല്ലാം കൂടെ ഒത്തുകൂടി കണ്ട് എന്നിട്ടും കഫറോപിക്കും ഏ അപ്പറഞ്ഞ ആളെല്ലാം സൗറാത്തി പറഞ്ഞത് പൂച്ചക്കണ്ണെന്നാണ് പറഞ്ഞത് ഇത് നല്ലതാ നല്ലതാണെന്ന് നല്ല പറഞ്ഞിട്ടല്ലേ കളിയാക്കി അതുകൊണ്ട് ഫലാനത്തുള്ള അരൽക്കാപ്പിയൻ ആ കാപ്പറിയങ്ങളും നല്ല രകത്ത് ചെയ്യുന്നു അറതിട്ടും കളവാക്യം കാലത്ത ആയാത്തില്ലാതെ കാര്യത്തിൽ എല്ലാം എന്താ പറഞ്ഞത് വത്തുരുവാണെൻ നബഖണ്ഠന ആടൈനാഹു ആയാത്തിന നമ്മുടെ ആയാത്തുകളെല്ലാം കൊടുത്തിട്ട് ഉണ്ടായ ഒരാളുടെ കഥ പക്ഷെ പന്തല സമിന്ന അയാൾ അതിൽ നിന്ന് ഉരപ്പെട്ടുപോയി ഈ അയാത്തിൽ നിന്ന് ഷൈഫാൻ അവരെ താപിയാക്കി എന്ന് പറഞ്ഞാൽ സൈക്കാനാരായി മസുബോഹം ഇയാള് താബിയായി അതുകൊണ്ടെല്ലാം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലായി ഛക്കാല അങ്ങനെ പറഞ്ഞെത്തിയ ഇവിടം വരെ കമതരിൽ കമ്പി അദ്ദേഹത്തിന്റെ പറയാൻ പറ്റിയ ഉദാഹരണം നായന്റെ ഉദാഹരണമാണെന്ന് നീ എന്തെങ്കിലും അക്രമമായിട്ട് ആ നാലിന്റെ മേൽ ചാടി എന്നാലും ഒരു നാവിങ്ങനെ പുറത്തിട്ടുണ്ടാവും എല്ലാം ഒന്നും ചെയ്യേണ്ടെന്ന് വെച്ചാൽ നാവിങ്ങനെ പുറത്തിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു നാലിന്റെ ഉദാഹരണം പോയി പോയിരുന്നു കഥാലിക്കൻ്റെ ആനിമുൽ ഫാദിലോ ഇത് തന്നെയാണ് ആനിമുൽ ഫാദിലു മല്ലാമിൽ ആയിരുന്നു നമ്മുടെ പൈന വല്ലാമ ഊതിയ കിതാബ് അള്ളാഹി ചാന ബൽമിന്റെ അല്ലാഹുന്റെ കിതാബ് നൽകപ്പെട്ടിരുന്നു യിലെ സഹവാത്തിലെ കയാള് പൂണ്ട് പിടിച്ചു കളഞ്ഞു പപ്പു കൽബിനോടാണ് അമ്പാവത്താല അദ്ദേഹത്തിന്റെ സാദൃശ്യമാക്കിയത് എന്ത് വിഷയത്തിൽ നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ അതാണ് ഈ തമ്മിൽ അലി അറുപത് രണ്ടു കോലത്തിലെന്തായിരിക്കും സഹവാദിലേക്ക് നാവ് കെട്ടി കിടക്കുന്നുണ്ടാവും കൊടുത്താൽ ശരി കൊടുത്തിട്ടില്ലെങ്കിലും ശരി അതാണ് ഈ തമിഴ്നാട് ഈ ആ ഉത്തൊളുക്ക് പോകുന്നത് ഈ സാലി ഈ സലാമോ വളഞ്ഞോ ഇന്റെ ഉദാഹരണം ഏതുപോലെയാണ് കമസലി തസറത്തിൻ ഒരു പാറക്കല്ലിന്റെ ഉദാഹരണമാണ് വക്കഹത്തേന പമിന്നഹിരി ഒരു പുഴന്റെ വക്കത്ത് വെള്ളം കുടിക്കുന്ന കൊല്ലം തല്ലോ അവിടെ വീണും വീണാണോ ഹീരാ തസറ ലാഹിയ കസട പുൽമ ഈ പാറ ആ തടാകത്തിന് വെള്ളം കുടിക്കോ കുടിക്കൂല അതാ വലാഹി തസ്റക്കൊല്മ ആ എഫനഒ സി നസർ എന്ന കൃഷിയിലേക്ക് ഒഴുകാൻ വിടുവോ അത് കുടിയും ചെയ്യില്ല നാട്ടിൽ പുലി പുല്ലിക്കൽ നടക്കുകയെന്ന് പറഞ്ഞു പുല്ലൊക്കെ തിന്നൂല്ല പശുവിനെ തിന്നാൻ വിടൂല്ല എന്ന് പറഞ്ഞ മതി ഇത് സ്വയം വെള്ളം കുടിക്കൂല കുടിക്കുന്ന ആളാ അതാണ് ഇത് തടയുകയും ചെയ്യുന്നു സാഹിബ് ഉദാഹരണം എന്താണെന്നറിയോ െന്ന് പറഞ്ഞാൽ എന്താണ് വള്ളം ഇതല്ലേ അവിടെ പാടം അതിന്റെ ഫമിലല്ലേ വന്ന് പോകുന്നു അപ്പൊ ഈ ഒഴുക്ക് കടഞ്ഞില്ലേ ആരും അത് പഠിച്ചാൽ ഇങ്ങനെ ചെയ്തുകൊണ്ടെന്നില്ലാന്ന് അയാളെ പണികൊണ്ട് മനസ്സിലാക്കാൻ മനസ്സിലായില്ലേ മറ്റുള്ള ആള് ചെയ്യുന്നൊക്കെ നിരസഭപ്പെടുത്തുന്നുണ്ടല്ലോ അയാൾ ചെയ്തുമില്ല മറ്റുള്ള ആളെ നിരസപ്പെടുത്തുകയും ചെയ്തില്ലേ അതൊന്നും അങ്ങനൊന്നും ചെയ്യേണ്ടതില്ല അതുകൊണ്ടാണെങ്കിൽ അവരുടെ പ്രവർത്തനം ഹൃജത്താക്കിയിട്ട് നിങ്ങൾ എല്ലാ മാത്രം പോകാൻ ഇങ്ങനെ അതൊന്നും മറ്റില്ലാക്കുന്നോ ഒന്നും വേണ്ടാന്ന് വരുമ്പോ ഇതുമായ തന്നെ നിങ്ങളൊരു ചെവി മാത്രം നിങ്ങൾ ഇനി ചൂടാകുന്നത് വേറൊരു കച്ചൂടുക അപ്പൊ ഇതുമായി പിന്നെ അബാ മക്കൾ ഒലമാ ഇസ്സോ ഈ ഒലമാ ഇസോന്റെ മറ്റൊരു ഉദാഹരണം ഈശാൻ ഇസ്ലാമിന്റെ കൗതിയിൽ തോന്നുന്നു മക്കൾ കനാത്തിൽ നെച്ചി കക്കൂസിന്റെ ടാങ്കിന്റെ ഉദാഹരണമാണ് ലാഹിറുഹാ ജിസ്തു പുറത്തു നല്ല കുമ്മായം ടൈൽസ് മുതലായവെല്ലാം കാണാം അപ്പൊ ബാഹിനുഹാ നസിനോൻ എന്റെ അകത്തുണ്ടാകുന്ന പിന്നെ പറയേണ്ടതില്ലല്ലോ മറ്റൊരു ഉദാഹരണം മാത്രം കൊമൂരി കബറുകളെ ഉദാഹരണമാക്കാം ആ ഹിറുഹ ആ മിരൺ പുറമെ എന്തൊരു പട്ടാണ്ടാണ് ഏ എന്റെ പുറത്ത് ഉന്മത്ത ഉള്ള ധർമ്മ ഒക്കെ എന്തായാലും മെച്ചണം എല്ലാം കൂട്ടും എന്താണ് മഹാബിഹിൻ അഖ്ബാർ അല്ല അപ്പൊ ഇസ്ലാമിന്റെ കലാമേക്ക് തന്നെയാണ് വരുന്നത് മൂമ്പർ ഉദാഹരണം എല്ലാം നല്ലമില്ല ഈ അഹുമാറുകളും ആസാറുകളും സുബൈനു അന്നൽ ആരി ദുഞ്ചാവിന്റെ മക്കളിൽപ്പെട്ട ആ ഒരാരിമ അഹത് അവസ്ഥയാൽ ഏറ്റവും താഹോയിരിക്കുന്നു എന്നറിയിക്കുന്നത്ക്കാൾ അതാത് കടുപ്പും കൂട്ടി എവരാണെന്നും അറിയിച്ചിരിക്കുന്നു ടുത്തൽ മുഖപ്രതി പായസങ്ങൾ മാറ ആ തന്നെയാകുന്നു ഇനി ഉരമാവില്ലാഹ്ര തന്നെയാണ് ആര് പായസിക്കുന്നത് അപ്പം ഊപ്പർ ഏറ്റെടുത്ത് ഒരു കാര്യം പറഞ്ഞു തീർത്തു അത് ആപ്പാത്ത നിൽന്ന് പറഞ്ഞു ഇത് ബലാൻ ഉലമായി ഇല്ലാത്തറ വരണല്ല വലഹും അലാമാൻ അവർക്ക് കുറെ അലാമാത്തുണ്ട് അത് അടുത്തീരണീനല്ല ഒരാ അലാമാൻ തുറന്നുകൊണ്ട് പതിനഞ്ചോളം ലക്ഷണങ്ങൾ എണ്ണിട്ടുണ്ട് അലാമാത്തിൽപ്പെട്ടതാണ് എൽമ കൊണ്ട് കുഞ്ഞാവിനൊ തടാനേ പാടില്ല എന്നാണ് കുഞ്ഞാവ് ഈ എൽമ കൊണ്ട് ഒരു ലക്ഷം ആവില്ല ഫൈന അക്കല ദറാത്തിൽ ആലിമി കാരണം ആലിമിന്റെ ദറജാത്തിൽ ഏറ്റവും ചുരുങ്ങിയത് എന്താണ് അഞ്ചുതിരിക്ക ഹക്കാറത്തെ ദുന്യാ ദുന്യാവ് ഹക്കീറാണ് ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും മോശമാണ് എന്നല്ല തിരിഞ്ഞത് ഏറ്റവും ചുരുങ്ങിയത് ആ മോശപ്പെട്ടതിനെങ്ങനെ ഇത്രമുണ്ട് ഈമ് മൂല്യമായിട്ട് കൊടുക്കലെങ്ങനെയാ ഈ ദുന്യാവിന് മൂല്യമായി കൊടുക്കാൻ എന്ത് വെച്ചൂല ഈമ് വെച്ചില്ലല്ല فهياتي هلم اللي موري ممنسلاتي اللي دنيا بإنه حقارة ممنسلاتي و حمكامل منسلاتي صلا فإنكال درجات النالي معي ذلك حقارة الدنيا و خطتها دنيا بإنه خطتها هذا إنيه نسارة بإنه الله وقدوراتها هذا هو لهذا صدفن تقوم اللي مرقودة للمكدوراتاً كلميراً മത്സ്യവാമഹ അത് പെട്ടെന്ന് നൈമിഷികമാണ് ഇതെല്ലാം അറിയില്ലാന്ന് മിനിമം പരിപാടി ആ നിയമം എനിക്ക് കിട്ടിയിട്ടാന്നോന്നു വഴതമൽ ആഹ്ലത്തി അതുപോലെ ആഹ്ദത്തിന്റെ ഗൌരവം മനസ്സിലാക്കണം വധവാമഹ അത് ദായ്മയാണെന്ന് മനസ്സിലാക്കണംഹ അതിനുള്ള നവീമോ സുഖവും തൊക്കും കൂടിക്കലർന്നതല്ല സാഹചര്യം ഒരു അലാലത്ത് മുൻകിഹ അതിന്റെ അധികാരം വളരെയധികം ജലീലാണ് ഒരാലമോ രണ്ടാമത്തറിവ് അന്നഹുമാ മുട്ടാ അത് രണ്ടും പരസ്പര വൈരുദ്ധ്യത്തിലാണ് നിൽക്കുന്നത് ഒന്ന് നേരെയായ മറ്റു നേരെയാവൂല വാൻ നഹുമാ കണ്ണത്തൈനി രണ്ട് പെണ്ണുട്ടിയെ മാതിരി ഉണ്ടാവുന്നതാണ് മഹുമാ രണ്ടിൽപ്പെട്ട ഒരു പെണ്ണേണി ദ്രുപതിയാക്കുമ്പോൾ മറ്റോക്ക് ദേഷ്യം പിടിക്കും ഇതുപോലെ ദുഞ്ഞാവ് ചമിക്കാൻ നിന്നാ ആഹം മോശാകും അസം ചമിക്കാൻ നിന്നാ രണ്ടും കൂടെ ഒപ്പം കൊണ്ടപ്പോലാണ് വാൻമായിൽ അല്ലെങ്കിൽ തുരാസിന്റെ രണ്ട് തട്ടുപോലെയാണ് മഹുമാഹു കഫത്തിൽ ഏതെങ്കിലും ഒന്നിനി തൂക്കം കൂടിയാൽ അത് താവും മറ്റിതും ഒന്നു അങ്ങനെ ഉണ്ടാവില്ല മറ്റൊരു ഉദാഹരണം വാൻ നഹുമാ കൽ മസുദിക്കും അൽമകു പോലെയാണ് കേൾക്കും പറഞ്ഞാറും പോലെ മഹുമാ കറബുത്തമിൻ ലാഹർ ഏതെങ്കിലും ഒന്നുകൊണ്ട് അടുക്കും തോറും മറ്റിനെ കൊണ്ട് ദൂരം കൂടി വരും നിങ്ങൾക്ക് മുകൾക്കധാറെ നിയവന് ലക്ഷ്യാക്കണം എന്ന് വരുന്നില്ലല്ല എല്ലാ താമേച്ചിൽ കിട്ടില്ലല്ലോ ക്രൂരമായ താമേച്ച് കിട്ടുന്നുണ്ടല്ലോ പിന്നെ വൻ ലഹുമാ ഇല്ലെങ്കിൽ രണ്ട് പാത്രം പോലെ അഹർഹുമാം ഒന്ന് നിർത്തിട്ടുണ്ട് വൻ ലാഹറു ഭാര്യൻ മറ്റേ രണ്ട് പാത്രത്തിൽ അല്ലെ എന്നാ പവി കതരി ഈ പാത്രത്തിൽ എത്രയാണോ അപ്പുറത്തേക്ക് ചോദിച്ചാൽ അത്ര രണ്ട് ഇവിടെ ന്യൂസ് ആയിട്ടുണ്ടാവും കുറഞ്ഞിട്ടുണ്ടോ ഇവിടുന്ന് ഇത് നൂറ് മില്ലി ഉണ്ടെങ്കിൽ അമ്പത് മില്ലി ഇപ്പം ചുരുങ്ങി അമ്പത് മില്ലി ഇവിടെ പാചകമായി അമ്പത് മില്ലി ഇടം ഉറിയുമല്ലോ അപ്പൊ ദുഞ്ഞാവ് അമ്പത് മില്ലി എന്ന് ഉറച്ചാൽ ആഹൃതെന്ന് അമ്പത് മില്ലി ചുരുങ്ങിയിട്ടുണ്ടാവും ഫൈന്യമല്ലായും ഹക്കാലത്ത ദുഞ്ഞ ദുഞ്ഞാവിന്റെ ഹക്കാരത്തിന് ഒരാൾക്ക് തിരിഞ്ഞിട്ടില്ല കുതൂറാത്ത കൊതൂറത്ത ഹ അതിന്റെ മാലിന്യത്തിനെ കുറിച്ചും അറിഞ്ഞില്ല ം ലാത്തിനാബി അനമിഹ അതിലുള്ള സുഖവും ദുഃഖവും കൂടിക്കലർന്നെട്ടുള്ളത് തനിച്ച സുഖം എന്നതില്ല എന്നാ തന്നെയും സുമ്മൻസിതാബിമായ സുഖവും ഇന്ധ അതിൽ നിന്ന് തെളിഞ്ഞു വരുന്നൊന്നും തന്നെ ഒരു സുഖം അതാണെങ്കിലോ നയമിശികമാണ് കാരും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പ്രഹ്വ ഫാസിൽ അക്കൽ അവനെപ്പറ്റി ബുദ്ധിയില്ലാത്തവനെന്നല്ലേ പറയാൻ പറ്റുള്ളൂ ഇത്രയും ബതിഹിയായ കാര്യം അറിയാത്തൊരുത്തിന് പിന്നെ അക്കലേ ഇല്ല എന്നല്ലേ അർത്ഥം വന്നത് ഫൈനൽ മുസാഹിദത്തെ വസ്ത്രജിപത്ത് തുറച്ചുതൂലതാണിക്കാൻ നമ്മളെ കണ്ടനുഭവങ്ങളും നമ്മളെ പരിജ്ഞാനങ്ങളും നമ്മൾ അറിയിക്കുന്ന ഇത് ശരിയാണെന്ന് കേട്ടുന്നുണ്ടല്ലോ എന്തിട്ടും തിന്നിട്ടില്ലെങ്കിൽ അപ്പൊ തീരെ ബുദ്ധിയില്ലാത്ത ഫാസിദുല്ലക്കല ഒരു മനുഷ്യനെ വിരമായിൽ എങ്ങനെ കണക്കുകയാണ് അദ്ദേഹത്തിലേക്ക് നോക്കിയിട്ട് ദുഞ്ഞാവിന്റെ അവസ്ഥ ഒന്നും ആസുരത്തിന്റെ അമൃത് ഗൌരവമേറിയതാണ് അത് ഡായ്മയാണ് എന്നറിയാത്തൊരുത്തനാണോ അന്ന പഹുബക്കാസുരോൻ അവ കാസുരാണ് മസലൂബുൽമാനുമാണ് പിന്നീട് ഉചാരണയായിട്ടില്ലല്ലേ ഇല്ല അല്ലേ പക്കയക്കോരും മിനലുലമായ മല്ല ഈമാന ലഹു ഈമാനില്ലാത്തൊരുത്തനെങ്ങനെയാണ് ഉലമാല കൂട്ടുക വമല്ലായാലും അപ്പം രണ്ടെണ്ണായി ഇതെന്താണ് വേണം പരസ്പര വൈരുദ്ധ്യമാണെന്നാൽ നമ്മക്ക് രണ്ടൊപ്പിച്ചുകൊണ്ടൊപ്പന്നല്ലേ പ്രതിഷേധിക്കലി ഞമ്മൾ രണ്ടും തണ്ടുന്നില്ല നമ്മക്ക് രണ്ടും എടുക്കാന്ന് അതിലേക്ക് ഒമല്ലായാലും മുള്ളതൊക്കെ തുന്നാലില്ലാത്ത തുന്നാ വാഹനത്തിനോട് പരസ്പര വൈരുദ്ധ്യമാണ് എന്നറിയാത്ത ഒരാൾ വന്നൽ ജൈനഹുമ അത് രണ്ടിന്റെയും ഇടയിൽ ഒരുമിച്ച് കൂട്ടലിൽ സമഹം ഈ കൈ മൊത്തമാണ് ഈ നടക്കാത്ത കാര്യം ഇവിടെ പൂതി വയ്ക്കലും രണ്ടും കൂടെ ഒരുമിച്ച് കൂട്ടിയേക്കാന്ന് നടക്കാത്ത കാര്യം പൂതി വെക്കുന്ന പരിപാടിയാണ് അവൻ പറഞ്ഞാൽ മുഴുവൻ അമ്പിയാക്കളെ ചറായി കൊണ്ടും ജാഹിരാൻ നോക്കി ಅಣ್ಣ ಅವರೆಂದ ಒಂದು ಚಿಟುಟಾನ ಆಡಂ ಬರ್ದಿಲ್ಲ ಅಪ್ಪ ಬಲ್ಗ ವಾ ಕಾಫಿರ ಬಿಲ್ ಕುರಾನಿ ಕುಲ್ಲಹಿ ಮಿನ ಅಬದಿಹಿ ಲಾಖಿ ಕುರಾನ ರಬ್ದ ಮೊದಲ ಆಖಿರೆವರೆಳ್ಳ ಕಾರಣಕ್ಕೆ ಅವನ್ ಕಲವಾಕಿಯವನ ಇಲ್ಲ ಮಾರಿಸಿತ್ತು ರಂದು ಒಂದು ಚಿಟುಟಾನ ವಿಜಾಯಿಸಿತು ಫ ಕೈಫ ಯುದಮ್ಮಿನ ಸಮರತ್ ಉಲಮಾ್ ಬಿನ್ನಿನ ಉಲಮಾನ್ ಗುಂಟದಲ್ಲಿ ಅವನೆಣ್ಣನ್ ಬಿಟು ಏನಿದೆಲ್ಲ ಅರಿಯಾ ವಮನ್ ಅನಿ ಮಹಾ ವಾತುಲ್ಲಹಿ ಯನಕೇ ಮೂರು ಕಾರ್ಯಂ അത് ദുഞ്ഞാവ് നൈമിശികമാണ് ആഹ്ല ശാശ്വതമാണ് രണ്ടും കൂടി ഒരുമിച്ച് സാധ്യമല്ല മൂന്ന് മുഖത്തിമയല്ലേ എല്ലാം അറിയാം എന്നാ പിന്നെ എല്ലാം അതിലിട്ടിന്റെ തുമ്മലം ജ്യോസല ആഹ്ല അല ദുന്യാ ദുന്യാവിനേക്കാൾ പിന്നെന്തിനെ ആഹ്ലത്തിന് മുകളിലെ കൊടുക്കാതിരുന്നെന്തുകൊണ്ട് അതിനിട്ടാണെങ്കിൽ മൊഹമ്മദ് സൈതാനി അങ്ങനെയാണെങ്കിൽ പിന്നെ ശൈത്താദി വരെന്താക്കി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ശൈത്താനും വേറൊന്നിനും പഠിഞ്ഞില്ല എന്റെ കൈയ്യും കാലൊക്കെ പിടിച്ച ടീച്ചി ഇങ്ങനെയാക്കി കൂടുതലുണ്ടായി ജയ്ത്താൻ അടിമയായും എല്ലാം അറിയാം പക്ഷേ ചേർന്ന് അവന്റെ ചക്കാവത്ത് വാലിപാവുകയും സഹമാനെ ഹലാക്കുകയും ചെയ്തതല്ലേ മൻഹാദിഹു വൃത്തന്റെ അവസ്ഥ ഇതാണെങ്കിൽ ചൈത്താനുനെ പിടിച്ചു കെട്ടിയിട്ട് അടിമയാക്കിന് കൊണ്ടുപോകുന്നെങ്ങനെ വലമായന്റെ കൂട്ടത്തിൽ കൂട്ടുകാ ഇനി മുമ്പർക്ക് എന്തെങ്കിലും ഇതിനെ മറുപടി പറയുന്നു ഏതെങ്കിലും മുക്കിനെതിരെ وفي أخبار دامود عليه السلام عند غمر لدي حكاة عن الله تعالى الله نطرح حكاة إنته إنا أدنا ما أصنع بالعالمين والعالمنا كل نانشه إلا شريط إتشان دمرئ يقول إذا آخر شهدته على محبتي عند محبتنا كان أبال شهدات النسان قرس جندقين أبالي ذلك تتاوله أبي قرسنا شريط إتشان أن علمه لذيذ مناجاتين എന്റെ മുനാജാത്തിന്റെ മാധുര്യം അവലിക്ക് തടഞ്ഞും എല്ലാവരും ഫോർമാൽ ചെയ്ത് കാര്യങ്ങൾ നടക്കാതല്ലാണ്ട് അന്നാണുള്ള മുനാജാത്തിന്റെ രക്തം അവലിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു ലാ നാ ഒന്ന് എന്നെ പറ്റി എനിക്കറിയാനുണ്ടെങ്കിൽ ഒരാരും എന്നോട് ചോദിക്കാൻ പാടില്ല ദുഞ്ഞാ മലയാളം മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനത്തെ മുരാർക്കാനെ കണ്ട് അന്നാനെ പറ്റി ഒന്ന് അറിയാൻ ആട്ടേന്ന് അന്നാൽ ചോദിച്ചാൽ ഉത്തരം കിട്ടൂലാന്നാണ് അന്നാലെ പറ്റി അറിയാൻ അങ്ങനെ ഉണ്ടെങ്കിൽ ആനന്ദാക്കുന്ന ഉത്തരത്തിന് ഈ പയസുതുക്കാൻ നിന്നെ വഴിമാറ്റി ചരിപ്പിക്കുന്നതാണ് എന്താ അത്തരക്കാരോട് ചോദിച്ചാൽ എന്നെ ചോദിച്ചിട്ട് പറയാൻ അറിയാൻ വേണ്ടി നടക്കൂല ഉലാഴ്ച കുത്താത്തടി കല ഇബാതി എന്റെ അടിമകൾ നല്ല വയ്ക്ക് പോകുന്ന അവസരത്തിന് ആ കൊള്ളടിക്കുന്ന ആ റോഡ് ബലകനം മുക്കിട പോകാൻ പെടൂല അഭിയടി ആ കൂട്ടത്തിലാണ് ഇത് അതുകൊണ്ടേക്കും മുന്നൂറിറ്റോ ആ ഒരു അവരൊക്കെ ഉണ്ടായിട്ടില്ലെന്ന് വേണം യാഥാമൂ ഇതാ റായിബൻ ദാബൂദ് അലി ഇസ്സലാമെ എന്നെ തേടുന്ന ഒരു താലിബിനെ നീ കണ്ടാൽ നീന്തുകൊള്ളെന്നറിയോ ബഹു ഹാദിമ അദ്ദേഹത്തിന്റെ ഹാദിമായി ജീവിച്ചുള്ള ഖുർആൻ പിരി പറയപ്പെട്ട മുറുസലാം അസമിനെ അറിയിച്ചില്ലെങ്കിലും മെ ഓടുന്ന ഒരു മനുഷ്യനെ പിടിച്ചിട്ട് എന്താക്കി എന്നിലേക്ക് മടക്കിയച്ചു എന്നെയും പൊട്ട് ടോഡി കളയുന്ന ഒരാളെന്താക്കി തിരിച്ചു വിളിച്ചിട്ട് നീ അന്നയിലേക്ക് പോകോട്ടെന്നെ തിരിച്ചുവിട്ടു എന്നുവച്ചാൽ അയാൾക്ക് തോബേനം പറഞ്ഞു കൊടുത്തിട്ട് നീ ഇങ്ങനെ വെച്ചാൽ പറ്റൂല പാത്തുകാരി കിടക്കുന്ന ഒരാളാണെന്നോ ഹാരിബ് അയാളാ എന്നിലേക്ക് മടക്കിയച്ചു എന്നാൽ ആ അതിന് എത്രത്തോം കൊടുത്ത് അയാൾക്ക് എന്താണെന്ന് നിത്സപ്പിച്ചു എന്ന അദ്ദേഹത്തിന് ഞാൻ പേര് കൊടുക്കുന്നു മഹാബിതെന്ന നേരെ അർത്ഥം വമൻ കത്ത കുത്തു എന്ന് ഞാൻ ഒരാളെ പേരെഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് ഒരിക്കലും അയാൾ ഉണ്ടാവില്ല മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ അമരം തന്നെ അല്ലേ അത് മുമ്പ് പറഞ്ഞു അരിപുത്തൂരിന്റെ തൊട്ടുമുമ്പ് േ വലിഹമെന്ന് പറഞ്ഞത് ഇന്നമ യഥാൽമത്യാ ഇൽമിന്റെയും ഹിക്മത്തിന്റെയും ഒരു ബഹാൽ ഉണ്ട് ഒരു ശോഭ ഒരു പ്രസവിപ്പ് അത് പോക്കും എപ്പോഴും അത് രണ്ടോ ഉപയോഗിച്ച് ദുഞ്ഞാവിനെ തേടിയെങ്കിൽ അതിനാ ആ വീരജിപ്പൊയും وقال ثريذ بن المسيب رضي الله عنه قال اذا رايت من عالم يغسل عمره فغولثن عالمين ني قائمن عمره تركتن बोलते अबडिगने कूड़गने और आलाइज ثريذ بن المسيب فغولثن نون الاول বন্য নঙ্গুริসককুন وقال عمر رضي الله عنه বললেন যদি আরাইতমুল আলেম محبب للدنیا ففهموا على دينكم ഒരാര്മ്മനീ കണ്ടെങ്ങനെ ദുഞ്ഞാവിനെ നീ മഹബത്ത് വെക്കുന്ന ആളല്ല കണ്ടത് എന്നാൽ നിങ്ങൾ ദീനന്റെ മേലെ അയാളെ സംശയിക്കേണ്ടതുണ്ട് എന്ന് അയാളെ പറഞ്ഞ് തിരികെ കൊള്ളുന്നില്ല നിങ്ങളെ ദീൻ ഏരിയാക്കുമെന്ന് അയാളെ പറ്റി വിശ്വസർപ്പിക്കാൻ പറ്റൂല ഇതുകൊണ്ട് യഹൂദ് ഫീമ അഹബ ഏതൊരു സാധനമാണോ ഒരാൾ ഇഷ്ടപ്പെട്ടത് അതിലാക്കാരിക്കുമെന്നും അയാളെ പൂണ്ടുപിടുത്തം അയാൾ ദുഞ്ഞാവിന്റെ പൂണ്ടുപിടിച്ച ആളല്ലേ അപ്പം ദീനിന്റെ ഭീതം പറഞ്ഞു നിങ്ങൾ ദുഞ്ഞാവിനേക്ക് ചാടിക്കാൻ അയാൾക്ക് മടിയുണ്ടാവൂല പറയുന്നു മുങ്കഴിഞ്ഞുപോയ കിതാബുകളിൽ ഞാൻ ഓടിയിട്ടുണ്ട് അതിപ്പം പറഞ്ഞതേ ഉള്ളൂ ദുന്യാവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരാലിമിനെ കൊണ്ട് ഞാൻ ചെയ്യുന്ന ചെറിയ ശിക്ഷ ആ നുഹർജ ഹലാത്ത അവന്റെ കൽവിൽ നിന്ന് എന്നോടുള്ള മുനാജാത്തിന്റെ ആ രുചി ആ മാധുര്യം ഊരിക്കളയുകാമിന്റെ അതെ രാഘുദരീശ്വരാമിന്റെ ആദ്യത്തെ ബാക്കി ഒരാള് അദ്ദേഹത്തിന്റെ സുഹൃത്തിനൊരു കത്ത് ഇന്നു നിങ്ങൾക്ക് നല്ല ഇൽമ നൽകപ്പെട്ട രണ്ട് സുഹൃത്തെ ദുനൂബിന്റെ ദോഷങ്ങളുടെ ഇരുട്ടുകൊണ്ട് ആ പ്രകാശത്തെ നീ മായ്ക്കരുതേൻ കൃത് കളയേണ്ട അങ്ങനെ വന്ന ഫാൽമത്തി ിൽമിന്റെ ഹനികാർ അവരുടെ പ്രകാശത്തിൽ നടക്കുന്നൊരു ദിവസമുണ്ട് ആ ദിവസം നീരക്ഷത്ത് തപ്പേണ്ടി വരും കഴിയേണ്ടി വരും വക്കാലി റവിയാഹുനക്കോലു പറയും വിളിച്ചിട്ട് പറയും ومراخبكم قارونيا وعبانيكم فرعونيا ومعاخبكم جاهليا ومضاهبكم سيطانيا فان الشريعة المحمدية هذا سيجلتنا يهيه يلمن دعنه غاره نحن كلا معلقاء كيسر موضل كيسرم كيسرين زوغر تلعه بل يل عندها جاءكا مره يلمن روموم പിന്നേതാണ് പേർ ചെയ്യുന്നത് വരിച്ചിരുന്നത് സോങ് വലിക്കുന്ന കൈസെറ് പേർച്ച വലിക്കുന്ന കിസറ അപ്പൊ നിങ്ങളെ മാളിക കണ്ട കൈസരിയാ പിന്ന നിങ്ങളെ വീടുകളോ കിസറവീയ്യ അവരെ മോഡലിലാണ് തിരഞ്ഞെടുക്കുന്നത് നിങ്ങളെ വസ്ത്രം വാഹിരിയ്യാം നിങ്ങളുടെ ചെരിപ്പോ ജാലൂ തീയ്യാം ഉപ്പ് വാഹനങ്ങളോ കാറൂന നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ഇല്ല പ്രധാന കണ്ണം നിങ്ങളുടെ കുറ്റകൃത്യങ്ങളൊക്കെ ജാഹീർ ചെയ്യാം നിങ്ങളുടെ മതഹബോധാനില്ല ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദ് സാധികളോട് ചെറുക്കപ്പെട്ട ശരീരത്തെവിടെയുള്ളത് എന്ന് തോന്നിയാട്ടിനെ മേയ്ക്കുന്ന ആളുണ്ടല്ലോ ചെന്നായനെ കാക്കും അല്ല ആടുകളെ തൊട്ടിട്ട് ആടുകളിലേക്ക് ചെന്നായി വരെല്ലാം ആര് കാക്കുന്നുണ്ട് ആട്ടിനെ മേക്കുന്ന ആള് കാക്കുന്നുണ്ട് അപ്പൊ പക്ക പിന്നെ ഇനി എന്താ അവസ്ഥ പറയാനുള്ളത് ഇതർ റുഹാത്ത ഈ ആടുകളെ കാക്കുന്ന റുഹാത്ത് റാന്നീന്റെ ജമ്മാണല്ലോ റുഹാത്ത് എന്ന് പറയുമ്പോ അവർ ചെന്നായി ആയിപ്പോയാ പിന്നെന്താ ചെന്നായി ആട്ടിനെ കാക്കാൻ കഴിഞ്ഞാൽ എന്താ വരുന്നേ ചോദിക്കും ആടുകളെ തൊട്ട് ചെന്നാനെ കാക്കന് ആട്ടിന്റെ ഇനി ആട്ടിനെ കാക്കുന്ന ആളാരായി ചെന്നായിക്കാൾ ആട്ടിനെ കാക്കാൻ വന്നാൽ ഈ ആടിന്റെ അവസ്ഥ എന്തായിരിക്കും ബലത് നാട്ടിന് ചേർക്കേണ്ട ഉപ്പേൻ ഉപ്പ് ഉപ്പ് സാധനം കേടുവരാതിരിക്കാൻ നമ്മൾ ഉപ്പിടെ ഉണ്ടല്ലോ ആ അപ്പൊ മാ ഉത്തരം മെൽങ്ങു ഈ ഉപ്പ് ഇനി നേരെയാക്കോ എപ്പോൾ ഇതൽ മിരുന്നു പ്രസാദ് ഉപ്പിന് എന്ത് കയറി ആ ഉപ്പിന് കേട ഉപ്പിന് കുട്ടം കയറി ഇപ്പ പിന്നെ ഈ എങ്ങനെയാണ് ഈ മറ്റു സാധനം കാക്കലെങ്ങനെയാണ് എങ്ങനെയാണ് وقيل البهد العارفين الأولى بريفة أثرى أن من تكون المعاسي قرة عنه لا يعرف الله قال لا تك أن من تكون الدنيا إنه آثر من الآخرة أنه لا يعرف الله تعالى أن من تكون المعاسي قرة عنه إيه ورسلني معاتيتي لكتن ورسلني الله وأنك رسول الله ويقنلني أنني أجمار എന്നാൽ അള്ളാഹുത്ത ആലാണ് അവനിക്കറിയാൻ കഴിയൂല എന്ന് നിങ്ങൾക്ക് അഭിപ്രായപ്പെടോട് ചോദിച്ചു കാല ഓർ പറഞ്ഞു ലാ ചക്ക സംശയിക്കണ്ട അശുക്കൂന്നുള്ളത് ശരി ഇവിടെ അലിഫു ആണോ അന്തമൻ തക്കൂൺ അലിഫലൻ അംസല്ലേ അലിഫു എന്ന് പറയുന്നതല്ല അലിഫ് വേറെ അംസ് വേറെ അല്ല നമ്മുടെ കണ്ണൂർ ക്ലാസ്സിൽ കഴിഞ്ഞാൽ രണ്ടും രണ്ടായിട്ടേ പഠിക്കുള്ളൂ أن من تكون الدنيا إنه عثر من الآخرة ورسل لك الآخرة كالدنيا وعلى منذ كما يتنجل أنه لا يعرف الله تعالى وعلى الله تعالى وعلى الله تعالى وعلى الله تعالى وهذا دون ذلك بكثير ولا تظنن أن نترك المال كفي في النهوك معلما إلا الآخرة فإن الجاه أضف من المال മഹാദ ദൂനതാലിക്കമ്പി കഹീൽ എന്ന് പറഞ്ഞ ഈ പൗനത് അതിനേക്കാൾ കുറേ താഴെയാണ് നീ വിചാരിക്കേണ്ട അന്ന തർക്കൽമാലി മുതലിനെ ഉപേക്ഷിക്കൽ എന്നുള്ളത് യക്കഫീസു കമ്മി വരമായ ലാഹടത്തിന്റെ ഒപ്പം ചേരാൻ അത് മാത്രം മതി എന്ന് വിചാരിക്കുന്നു വേണ്ട മുതലിനാക്കാണ് കടുപ്പയുടെ വേറെ വിചേണ്ടിടെ എന്താ ഫൈനൽ ജാഹ അനബോമിനൽ മാൽ മുതലിനാക്കാണ് കടുപ്പം കൂടിയതാണ് ജാഹ് ആ ജാഹിനെ ഉപേക്ഷിക്കേണ്ട ഇയാളാകണം വലുതാളിക്ക് കാല ബിഷപ്പ് എംബാഹു എന്ന് പറഞ്ഞത് ഹദ്ദന ബാബും അപുവാദിഞ്ഞ റിപ്പോർട്ട് ചെയ്യുന്നൊരു ശരി അത് സുഞ്ഞാബന്റെ ബാബിൽ പെട്ടൊരു ബാബാണെന്ന് നമുപ്പർ പറഞ്ഞു അത് അങ്ങനായി മാറാറുണ്ട് എല്ലാവരും അങ്ങനായി മൊഹാരിമ മുടക്കങ്ങനായി എന്ന് പറയാൻ പറ്റൂല പക്ഷെ അത് അതിലൊരു ബാബാണത് അപ്പൊ അയാള് മറ്റുള്ള ആള് പുറോയി തകലീജ് ചെയ്യുമ്പോൾ ഇയാൾ ഹദീഫിന്റെ ആ മുരടല്ലേ പറയുന്നത് ഹസന എന്ന് പറയുന്നത് എന്ന് പറയുന്ന കേട്ടാൽ ഫൈനമാ യക്കോല ഔഷി എനിക്ക് നിങ്ങൾ ദുഞ്ഞാവിന്റെ കുറെ വിശാലത കൊണ്ട എന്ന പറഞ്ഞ മനോക്കള ബിഷൻഹാരിച്ച ഒഴിച്ചു മൂടിക്കളഞ്ഞ പത്തിൽ ചെല്ലാനും മാമേനെ കംസടത്തിൻ്റെ കവസരത്തിൽ നിന്ന് കൂട്ടുമ്പോൾ കിതാബുകളെ കൂട്ടത്തിൽ നിന്ന് കംസടത്തെ കവസരത്തെ ചെറുതുമെലതുമായ വലിയ നോക്കാം അതിന്റെ വലുപ്പത്തിന്റെ ഓരോ ഭേദാവി പത്തിൽ ചെല്ലാനോ കിതാബുകൾ മൂടിക്കളഞ്ഞാണ് എന്നിട്ടോ വക്കാലം അന്ന് എക്കോലും മൂടിയത് എക്കൂൽ ആ ഞാൻ ഹരിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു തന്നെ കൊണ്ടാണ് ആ പൂതിക്ക് കൊണ്ടുള്ള വേണ്ട ഹബത്താനിഹബത്തുൽദീദ് ഹീതിന്റെ പോട്ടെ പോയിക്കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാം നൂക്കറും പറഞ്ഞു മറ്റുള്ള ആളും പറഞ്ഞു ഹദീദ് പറയാൻ വേണ്ട സഹബത്തായി തോന്നുന്നെങ്കിൽ മുണ്ടാടുക്കേ വേണ്ടത് അതായത് നെഫ്സൽ മുഖാലഫ ഇനി പൂതി വെക്കുന്നില്ലേ എന്നാണ് ബഹദ്ദീപ് അതെന്താ അങ്ങനെ വന്നത്യാ മറ്റുള്ള ആളുകൾക്ക് ഇഫാദ ചെയ്തിട്ടും ഒരു ഇർഷാദ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ഥാനത്തിരിക്കൽ നിന്നുണ്ടാകും ഒരു ജാഹുണ്ട് ആ ജാഹ് കൊണ്ട് കിട്ടുന്ന ആ ആ സുഖാനുഭവതാ അത് ആലമുലത്തിന അമീസി ദുഞ്ഞാവിൽ ഉള്ള എല്ലാ ആഡംബരത്തിനേക്കാണ് കടുപ്പ് അതിൽ അതത്താണത് അപ്പൊ അതിലേക്കൊരാൾ ശഹദ് വെച്ചിട്ട് പുത്തരം ജയിതാ ഫവമിൻ അഭിനയ പുണ്യയിൽപ്പെട്ടേക്കും എന്ന് പോലീസിനാണ് പ്രചൊക്കെ പറഞ്ഞത് വലിരാളികിത്തിനു അശബ്ദയും ഹദീത്ത് വന്നുകൊടുക്കുന്നൊരു പിത്തിനുണ്ടല്ല അത് അഹിലിന്റെയും മാലിന്റെയും വലത്തിന്റെയും പിത്തിനേക്കാണ് കടപ്പും കൂടിയതെന്നാണ് പറഞ്ഞത് അതിന്റെ ഫിത്തിനെ എങ്ങനെയാണ് നീ പേടിക്കണ്ടെടുക്കുക തങ്ങൾക്ക് നാംശ നൽകിയില്ലായിരുന്നുവെങ്കിൽ എല്ലാം ഉറപ്പിച്ചോർക്കല്ലോ ഇല്ലായിരുന്നുവെങ്കിൽ കുറെ ആശ്ചാച്ച കൊറേ ആശ്ചയിട്ടുണ്ടാക്കും ജനങ്ങളെ കൊണ്ട് അടുത്ത് അടുത്ത് അടുത്ത് കംപ്ലീറ്റ് ചോർച്ച ലൈറ്റ് അപ്പൊ തങ്ങൾക്കുള്ള തസ്ബീത്ത് മറ്റാന്ന് ഉണ്ടാകുന്നു ജനങ്ങളൊക്കെ ഉള്ള ഛായാത കൊണ്ട് തങ്ങളുടെ അവർച്ച കടവ് വെക്കാൻ വെച്ചു അങ്ങനത്തെ തസ്ബീത്ത് നബീസല്ലാടി എന്നല്ലമ്മ തങ്ങൾക്ക് പോലും വേണമെങ്കിൽ പിന്നെ മുതൽകൾക്ക് എത്ര ഓണം വെച്ചു തസബീത്ത് കുറച്ചും മൊത്തം കൊണ്ട് തസ്ബീത്തിനെപ്പറ്റി അല്ലെ പറഞ്ഞത് അത് വേറെ അവസരപ്പെട്ട കാണപ്പ് അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ എന്താ സംഭവിക്കില്ല ചക്കത് കീറ്റ തർക്കനിലെയും ഓറെക്കൊള്ളം നല്ലത് ചായൻ തുടങ്ങും ചെയ്യാൻ കളിയില്ല കുറേ ചരിഞ്ഞ ചാഞ്ഞ് ചാഞ്ചി ചാഞ്ഞ് ചാഞ്ഞ് കുറേ രീപുണ്ട മുഴുവനും ഓറയ്ക്കുമാണ് വകാല തഹലും പറയുകയാണ് അൽമുല്ലുഹു മുഴുവനും തുഞ്ഞ വാ എന്നാ പിന്നെ അതിന്റെ ആഹ്റത്തിൽ എന്താ എടുക്കാനുണ്ടായാലും അല്ല അമര് വിഹി അതുകൊണ്ട് അമല ഉണ്ടാവും അമര് കൂടിയതാണ് ആഹ്റത്തിലേക്ക് എടുക്കാനുണ്ടാവും എന്നാൽ അമര് ചെയ്തതെല്ലാം എടുക്കാൻ പറ്റുമോ വൽ അമലു പുല്ലുഹു ഹബാഗാണ് എല്ലാം ധൂളിയാകും ഇല്ലല്ലാസ് എനിക്ക് അപ്പൊ ഇഹ്ലാസോട് കൂടിയുള്ള അമലും കൂടെ കൂടി വരുമുണ്ടെങ്കിലേ എന്തെടുക്കാനാവും ഇല്ലമാൽ വൽക്കാള ഇല്ല والآمنون كلهم مغرورون إلا المخلص مخلصين والمخلص على بدل حتى يدري ماذا يختم له به جننقلم الغلم مرشوة يا بلد موطيلا النور أظل للماء وليجا أما علماء موتا لا شكران أنا محسور جدا أظل للماء وثكارا وش أظل للماء وليجا عاملين قد وليجا ആമിനിയങ്ങൾ എല്ലാവരും മകറൂറികളായിട്ടുണ്ട് ഇഹ്ലാസുള്ളവരോ ഇല്ല ഇഹ്ലാസ് ഉള്ളവരോ അവർ പേടിയിലാണ് അവസാനം എന്താ സംഭവിക്കുക എന്നറിയുന്നല്ലോ ഇഹ്ലാസ് ഉണ്ട് നോക്കാന്ന് നിർത്തിയിട്ടില്ല ഇഹ്ലാസിനും പാടും ഇഹ്ലാസ് വകാല അബു സുലൈമാനാണി റോമിയെന്ന് പറയുന്നത് ഒരു റജുലി അതീശ തേടാൻ പോയി എല്ലോ ഒരു കല്യാണം കഴിച്ചു അല്ലെങ്കിലോ ജീവിതത്തിന്റെ ആവശ്യത്തിന് സഫർ പോയി എന്നാൽ ധുഞ്ഞാവിലേത് ഗാനും ഞാൻ ചോദിക്കും ഹതി അപ്പോ തകർപ്പൊരു സാഫറി ഉണ്ടാക്കാൻ നമുക്ക് തൽക്കാൻ നേരെ വാങ്ങിക്കൽ കൊള്ളിക്കാം ഹദീസിനെ തേടിയാലെങ്ങനെ സഹതറക്കന എന്ന് പറയുന്നത് ആ ഹദീയത്തോട് ഉദ്ദേശിക്കുന്നത് ഇവന്യ ആവശ്യമായ അറിവെല്ലാം നേടിയതിന് ശേഷം എന്നെ ഒരുപാട് അധികം അധികപ്പറ്റി അധികം പറ്റിന് വേണ്ടി പലയിടത്തും പോയി അധികപ്പറ്റിനാന്ന് ധാരാളം മുമ്പിൽ മറ്റവർക്കൊന്നും ഇല്ലാത്തതുണ്ട് എന്ന് കേട്ടാൻ അറിയുന്നു അവിടത്തേക്ക് ഓർമ്മയുണ്ട് അതാ വൈനമി തലബൽ ആലിയായടനെ പറ്റിയാണ് മൂക്കർ ഉദ്ദേശിച്ചു നോക്കണം ഔ തലബൽ അതീതല്ലായീലി തലബിൽ ഇതുപോലെ ആഹ്ദത്തിന്റെ തലവിൽ ഇവന്റെ ആവശ്യമില്ലാത്ത അതീതുകൾ അതോടേക്ക് പോകുന്നു അവിടുത്തേക്കാണ് ഇത് പറഞ്ഞത് ഇതാ തലമ പ്രതി പറഞ്ഞത്യാഹുൽ പക്ഷെ പോന്ന വെക്കെന്തായിപ്പോയി എന്നറിയോ വഹു മുക്കുമ്പോൾ തരിയൊക്കെ തുന്നാമിന് തരിയേക്കുമ്പോ മുക്കുമ്പി ആയി പോയി ചെയ്തു ആഹ്ളത്തിലേക്കുള്ള വെയിലേക്കൊന്നുകൊണ്ട് പോക്ക് വേണ്ടി അപ്പോ പെട്രോൾ പമ്പിക്ക് കയറിയപ്പോ ഒരക്ഷ കൂടുതൽ അർത്ഥം അമ്പിക് എന്തിനാണ് മൈലേക്കുള്ള അന്നടിക്കാനല്ലേ ആ അന്നടിക്കുന്നതിന്റെ വാരാസൻ അറ്റ കൂടുതൽ വക്കൈ പയക്കൂന്നും ഇൻ നഹിരൻ നിൽമിനെങ്ങനെ വെച്ചിട്ടുണ്ട മയ്യത്തുർ അബുൽ കലാമിന് എസംബിത ബിഹി ലാജി അതുകൊണ്ട് മറ്റുള്ളവർക്കെല്ലാം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് സ്വന്തം ചെയ്യാൻ വേണ്ടിയിട്ടല്ല പ്രസംഗിക്കാൻ വേണ്ടി വളരെ ചെയ്യാൻ വേണ്ടിയിട്ടുന്നതല്ല وقال صاد ابن جيثان البخاري رضي الله عنه برينو حضرات الشيوخ நான் ஒருപാട് ஷேகம்மாரை കണ്ടติச்சிட்டுണ്ട് وهم تابذون بالله من الفاضل العالِم بالسنة அவரெல்லாம் அல்லாஹ்வுடு காவல்லத்துறடுது சுன்னத்து கொண்டு ஆலிமானே பச்ச ஆளு பாஜிவான் அங்கையுள்ள ஆளை தோட்டடு காவல்லத்துறடுது சுன்னத்து என்னன்ன எல்லாம் അറിയாம் பச்ச ஆள பாஜிரா وروى ابو هريره رضي الله عنه رواه زيد وقال قال رسول الله صلى الله عليه وسلم ما تنبأ علم من ما يتقى به وجه الله تعالى الله تعالى ने वजीह ताडपड़ेदन इल्मिन ओरान दर्न एदिन अदेरियेद नीसबी बिह अरमन मिन अदुन्या दुनिया बिलन लंदो एक तरह की वर्क करतमकना अगेयानो लम जिद अरफल जन्नत यमल कियामा അയാമത് നാലിന്റെ ദിവസത്തിൽ സ്വർഗത്തിന്റെ മണം പോലും എന്താ ഇൽമിനെ വിച്ചിട്ട് ദുഞ്ഞ അവനെ തന്നിടുകൊണ്ടാണ് അന്നാഹുത്താലത് ഉരമാവൽ ആഖിറത്തിനെ വസ് പറന്ത ഖസൂർ ഉണ്ട് ദുഹദ് ഉണ്ട് എന്നാണ് രണ്ട് രണ്ട് റഫഖാറ അദവല്ലഫിയ ഉലമാ ഇബ്നുൽ ബർ ഖൈദു അഖബല്ലല്ലാഹു മീതാ കന്നസീന ഉതുൽ കിതാബ ലതുബഞ്ഞിന നഹൂ ലിനാ തി വലാ തക്തമൂനഹ ഇദാ ഖറർ ഉതുൽ കിതാബയോട് അല്ലദീന ഉതുൽ കിതാബ കിതാബ് നൽകപ്പെട്ട ഉലമായിനോട് അല്ലാഹു താന ഖറർ വാങ്ങിയതന്നാ ഇത് ജനങ്ങളെ ശരിക്ക് പഠിപ്പിച്ചു കൊടുക്കണം എല്ലാം മനസ്സിലാക്കി കൊടുക്കണം ഇത് മറച്ചുവെക്കാൻ പാടില്ല എന്നായിരുന്നു ഈ കണ്ടീഷൻ അല്ലേഹും അവർ അത് വിലിച്ചെറിഞ്ഞു അത് തള്ളിക്കളഞ്ഞു കണീല എന്നിട്ടോ ചെറിയ വരക്ക അതിന് പകരം ചെറിയ ചരക്ക ഇവർ വാങ്ങിയത് ഇതിന് പകരം ഇരുവിനെ വെച്ച തുഞ്ഞാ വാങ്ങി وقال تعالى علماء الاخرته الله ورغد وان من الكتاب من يقوم بالله وما انزل اليكم وما انزل اليهم خاشعين لله لا يشترون بآيات الله ثمدا قليلا اولئك لهم ادخلوهم عند ربهم اهل الكتاب بالطجرند ಅವರು ಅಲ್ಲாவை கொண்டு விசுவாசிக்கின்றது அவलियेக்கு இரக்கப்பட்டதുകൊണ്ടും നിങ്ങളെയും இரக்கப்பட்டதുകൊണ്ടും விசுவாசிக்கின்றது മംഗളഞ്ച കിത്താവല്ലേ അവർക്കറക്കപ്പെട്ടത് തൗറാത്ത പോലെ അതും പിന്നെ അവർക്കുള്ള വഷന്ത അള്ളാഹുത്താലോട് കാശന്യങ്ങളാണവര് അള്ളാഹുവിന്റെ ആയാത്തിന്റെ പകരം സമരം കളിയിൽ അവർ സ്വീകരിക്കുന്നവരല്ല അവർക്ക് അവരുടേതായ പ്രതിഫലം അള്ളാഹു താല തയ്യാറാക്കിയിരിക്കുന്നു അമ്മയാക്കന്മാരുടെ കൂട്ടത്തിലാണ് അൽമാനിമിച്ച് കൂട്ടുകാവിമാർ ഒരുമിച്ചു കൂട്ടുന്നത് സുൽത്താൻമാരുടെ കൂട്ടത്തിലാണ് സുൽത്താൻ ഭരിക്കുന്നത് മായനയിൽ തന്നെയാണ് ദുഞ്ഞാവിനെ തേടാൻ ലക്ഷ്യമാക്കിയ കാവിമാർ ആ കാലമാണ് മതിപ്പെട്ട ഫീഹു അയാളെ കാതയെ കൊള്ളുന്നില്ലാലും മതി ആദ്യ നമുക്ക് പത്ത് സ്ഥാനം കിട്ടട്ടെ വറവ അബുദിയാഹു അന് വിവാച്ച ചെയ്തു امِنْ يَا كَلَّبَتْ كَلَّرَكَ اللَّهُ تَعَالَى وَهِيَ أَرِيدَتْ قُلْ لِلَّذِينَ يَتَفَقَّهُونَ فِي غَيْرِ الدِّينِ وَيَتَعَلَّمُونَ لِغَيْرِ الْأَمَلِ وَيَتَظَامُّونَ الدُّنْيَا بِعَمَلِ الْآخِرَةِ يَلْبَسُونَ يَلْبَسُونَ ثِيَابَ الْمَسُوخِ الْخِبَاشِ مقلوبهم كقلوب الذين اعبدوا علسنهم عن الاذنين العتن ومقلوبهم امر من الصبر اي جاء يخاصمون به وبيهتهزون لا تحنن لهم قطنه صبر الحليم حيران اذا خليك ابو الدرداء تंगल وقت الله تعالى بعض الانبياء حيرك قل للذين يتفقهون لغير الدين നീരിന്റെ ആവശ്യത്തിനല്ലാതെ കണ്ട് ഇൽവ് തടസ്സമാക്കുന്ന ആളുകളുണ്ട് അവരോട് നിങ്ങൾ പറഞ്ഞുകൊടുക്കും മാത്രമല്ല വയസൂനൽ അയിനൽ അമൽ അമൽ ചെയ്യാനല്ല അവർ പഠിക്കുന്നത് സ്ഥാനമാനങ്ങൾ കിട്ടലാ വയസിലൂലി അമലിൽ ആഹ്ര ആഹിഡത്തിന്റെ അമലുപയോഗിച്ചുകൊണ്ട് ദുഞ്ഞാവിനെ തേടുകയും ചെയ്യും അപ്പൊ ചെയ്ത് മൂന്ന് ദിശസൂൻ അൽ ഇന്നാസ് മുസ്റൂഖ് കിബാസ് അവർ ജനങ്ങളുടെ മുമ്പിലെന്താ ആട്ടിന്റെ തോൽ ലേഖന്മാർഗതില്ലപ്പെന്ന് പറയു കഴിഞ്ഞാൽ ചെന്നായി എന്ന് പറഞ്ഞ അതാണ് കുരൂമ്പും കുരൂമ്പി ആ അവരുടെ കൽബാണെങ്കിലോ ചെന്നായകളുടെ കൽബാണ് അപ്പൊ ഉള്ള് ചെന്നായ പുറത്തു കാട്ടും തോന്നി അലസിലും അലാമിനല്ലാച്ചാൽ അവർ നാവ തേനിനാക്കണ മധുരമുള്ള നല്ല വായിത്തലയാണ് കേട്ടാൽ എന്തിന് മധുരമാണ് തേൻ കുടിച്ചാലും കൂടെ മധുരം ും അമർതമീനത്തേർ അവരുടെ കൽപാടെങ്കിലോ കാറ്റമായ നീ എന്നേക്കാണ് കൈപ്പോറിയതാണ് ഇപ്പതിമൂന്ന് അവർ എന്നെയാ വഞ്ചിക്കാൻ നോക്കുന്നു എന്നി എസ് ഓ എന്നെ അവർ പരിഹരിക്കല്ലേ ചെയ്യുന്നത് ലാസ്റ്റ് ഹന്നലകം കിറ്റിന ഞാൻ അവർക്ക് വേണ്ടി തുറന്നു വെക്കുന്നുണ്ട് ഒരു കിത്തിന അപ്പിതിനെ വന്നാലുണ്ടല്ലോ വലിയ ക്ഷമാശീലനായ ഹലീമായ ആളുകളും അന്തം വിട്ടുപോകും എന്താ ചെയ്യേണ്ടതിരിയാണ് അയറാനായിപ്പോ ഈ ഉമ്മത്തിന്റെ ഉരമാക്കര രണ്ട് കൂട്ടറുണ്ട് ഒന്ന് ഒരു കജുളി അള്ളാഹുസ് മഹാന ഹോമത്താൻ അദ്ദേഹത്തിന് ഇൽമു നൽകി അത് ജനങ്ങൾ അവർ നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ മേൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പൂതികളുണ്ടോ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ കരസ്ഥമാക്കണം നമുക്കൊന്നുമില്ല അതിന് പകരം സമനോ അതുമാകുന്നുമില്ല അജാഖ് എന്തെ പ്രതിഫലം യുസലുസമാൽ ആകാശത്തിൽ പറക്കുന്ന പക്ഷികൾ അദ്ദേഹത്തിന് വേണ്ടി ദ്വാ ചെയ്യുന്നു വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ ദ്വാ ചെയ്യുന്നു അതുപോലെ ഭൂമിയിലുള്ള മൃഗങ്ങൾ ദ്വാ ചെയ്യുന്നു കിണാമൽ കാത്തിവാ ചെയ്യുന്നു ഇരുതത്തിൽ ആകാശം ഭൂമിയിലുള്ള സകല വസ്തുക്കളുമായി അയ്യാമത്തിന്റെ ദിവസത്തിൽ അള്ളാനിടക്കൽ അദ്ദേഹം വരുന്നാരാന്ന് സയ്യിദും ഷരീഫുമായിക്കൊണ്ടാണ് അല്ലേ വേണ്ടി അവിടെ അയാള് സഹാപത്തിൽ കഴിയാൻ വേണ്ടി സയ്യീദം ഷരീഫുമായിക്കൊണ്ടാണ് വരുന്നത് വാറാജുവിന്റെ രണ്ടാമത്തെ ആളാരാണ് അദ്ദേഹത്തിന് നമ്മ എഴുതി കൊടുത്തിട്ടുണ്ട് പതന്ന ബിഹിയലായിബാതില്ലായി അല്ലാതെ അത് കൊടുക്കാതെ കണ്ട് വിശുക്കു കാട്ടി വാസദാനി തമനൻ അതിന്റെ മേലിൽ പല അയാൾ വെച്ചിട്ടുണ്ട് വട്ടതാമിഹി തമന അതിന് ബലമാകുന്നുണ്ട് പതാലിക്കൽ ആ മനുഷ്യൻ കയാമന്നാളിൽ വരുന്നത് മുരിജമിൽ ജാമിമ്മിന്നാർ നരകത്തിന്റെ കടിഞ്ഞാണ് അയാൾക്ക് വായിൽ കടിഞ്ഞാണിടപ്പെട്ടവനായിക്കൊണ്ടാണ് ി പടപ്പുകളിടയിൽ വെച്ച് വിളിച്ചു പറയപ്പെടുന്നുണ്ട് വിളിച്ചു അദ്ദേഹത്തെ പറഞ്ഞതന്നെ അമ്മ ഇരുന്ന് കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് വിസിറ്റ് കാട്ടി ഇതിന്റെ പ്രതിഫലം കാണിക്കുന്ന ആളാണ് അങ്ങനെ ജനങ്ങളെ ഹിസാബെല്ലാം കഴിഞ്ഞതുവരെ ഇയാൾക്ക് തൃക്ഷ കെട്ടിക്കൊണ്ടേത്താൽ തുടങ്ങി ജനങ്ങളെ ഹിസാബിലുണ്ടത്ത വശത്വമിൻ ഇതിനേക്കാണ് കടുപ്പുണ്ടെന്ന് പറയണ മാ അന്നജുരം കാണ യൂഹത്തലിന്റെ നെരുമത്തെടുക്കുന്ന ഒരാളുണ്ടായിരുന്നു ഫജഹല യഫൂറു ഹദതനീ മൂസ തബിയുല്ലഹ ഹദതനീ മൂസ നബിയുല്ലഹ ഹദതനീ മൂസ കലീമുല്ലഹ എന്നണ്ടാക്കി അയാള് മറ്റുള്ള ആളുകളോടല്ല പറഞ്ഞു കൊടുക്കും മൂസ അലിഹിസ്സലാമിന്റെ ഖാളിമാസ് പക്ഷെ അവിടെയാലും മൂസ അലിഹിസ്സലാമിന്റെ പേരോട് തബിയുല്ലഹയാ മൂസ അലിഹിസ്സലാമനെ ഇരിച്ചു പറഞ്ഞാണ് ആള് മേ നബിയുല്ലഹയാ എന്ന് മൂസ അലിഹിന്റെ പേരിൽ അല്ല അർത്ഥം ആ മൂസ നബിയുടെ കാര്യപ്പെട്ട ആളാണ് എന്ന് ജനങ്ങൾക്ക് വെറ്റലാണ് അപ്പൊ എല്ലാവരും മലവോളം കൊടുക്കൂ മുസാനിപ്പന്നത് അങ്ങനെ അയാള് വലിയ പണക്കാരനായില്ലേ ഉച്ചരിക്കാൻ നൽകേണ്ടി പണക്കാരനായി മതനെല്ലാം പിന്നെ പിന്നെ വേറെ കാണാണ്ടായി ഇനിയിപ്പോ സിനിമത്തിൽ നിന്നും ു നമ്മളൊരാളുണ്ടായിരുന്നില്ല അത് മൂത്തലാം അന്വേഷിക്കുന്നു പണ്ടുകൂടെ ഇരുമത്തിലല്ല എന്നൊരാളുണ്ടല്ലോ ഇപ്പോൾ ഇപ്പൊ കാണാനില്ല അദ്ദേഹത്തിനെ പറ്റി ഒരു വിവരം കിട്ടാനില്ലാത്ത ഒരു ദിവസം ഒരാട് വന്ന് അദ്ദേഹത്തിന്റെ കൈ രണ്ടൊരു പന്നി പിടി ആ പന്നിന്റെ കരുത്തിൽ കറുത്ത കാര്യം കെട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിനോട് ചോദിക്കുന്ന താരിഫ ഫുലാലൻ ഒരു ഫുലാന്റെ നിങ്ങൾക്ക് അറിയാവോ അന്നേരം അയാൾ പറഞ്ഞ അറിയാതെ ഈ പന്തി തന്നെയാണ് സക്കാല മൂസാ ലഹിലാം അത്ഭുതപ്പെട്ടുപോയി പായ ചെടിയിലേക്ക് നീ മടക്കി താവളച്ചോനായിരുന്നു ആഴ്ചയിൽ ിമുഹാത ഇയാളെ പന്നിന്റെ വലത്തിലേക്ക് മറിക്കപ്പെടാനുള്ള കാരണം എന്താണെന്ന് എനിക്കൊന്ന് ചോദിക്കണ്ടേച്ചത് എന്ത് ഗതിമാപയോഗിച്ചുകൊണ്ടാണോ ദ്വാ ചെയ്തത് ആ ദ്വാ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ദ്വാരണം നോക്കൂ സമൻ ദൂനം അതിനുശേഷമുള്ള എത്രയോ മഹാന്മാർ കഴിച്ചിട്ടോ അവരൊക്കെ ചെയ്ത ദുവാ ഉപയോഗിച്ചിട്ട് ദുവാ ചെയ്താലും മാ അനുപുത്തുക്കളെ ഇയാളുടെ കാര്യത്തിലും നിന്റെ പൂർവസ്ഥാനത്തേക്ക് മടക്കുന്ന വിഷയത്തിൽ ഉത്തരം ചെയ്യൂലെന്നാണ് അമ്മയ്ക്ക് വല മത്തിനാണ് വനാക്കിൽ പിന്നെ നിങ്ങൾക്കെന്താ വേണ്ടത് ഇയാളിങ്ങനെ ആകാം കാരണം എന്നൊരു അറിയേണ്ടത് അത് ഞാൻ പറഞ്ഞുതരാം അയാളാ നേരെയാക്കിയിട്ട് പറിക്കൊന്നും വേണ്ട ഇതിൻ്റെ ഇപ്രകാരം അയാളെ ചെയ്യാൻ കാരണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ നമുക്കാണ് എത്ര നീനിനെ വിച്ചിട്ട് തേടുന്ന ആളതിന് അവളുടെ മനസ്സിൽ നടന്നു നിവാകളും ഇതിനാൽ കാണാ ഘോരവുമേറിയ കാണോ മാറവിയൻ അത് മൗക്കൂഫ് അക മറപ്പൂഅ എന്ന മൗക്കൂഫെന്ന് പറഞ്ഞാൽ സഹാബി പറയുന്നതാണ് വിധങ്ങളുടെ കലാമല്ല സഹാബി വറായിട്ട് പറയൂലോ പിന്നെ മറക്കന്ന് പറഞ്ഞാൽ സഹാബിക്ക് നബീസണ്ണമെന്ന അനിയമസന്നെ പറഞ്ഞോത്ത അപ്പൊ പറഞ്ഞാടാ അലി നബി അങ്ങനെയാവാ അപ്പൊ മറക്കുവാൻ ഈ വിവാറ്റിൻ ഒരു വിവാഹത്തിൽ മറക്കുവാണ് മൊക്കൂഫാമ പിന്നെന്ത്രി അനിൽ നബി വീടിലല്ല മൊക്കൂഫായിട്ടുണ്ട് ഒരു വിവാഹത്ത് പറ കാരണം നബീസണ്ണെന്നാകും അനിയമസന്നമ്മ തങ്ങളുടെ തൊട്ട് മറുപ്പുവാണ് അപ്പൊ അനു നബി എന്ന് എവിടത്തേക്കേ ബാധിക്കുകയുള്ളൂ മറക്കുവിലേക്കേ ബാധിക്കുകയുള്ളൂ ആ മതിക്കൂലല്ല അന്യൂനൽ കലാമ് അഹമ്മയി ഒരാൾ മിന്നുള്ള പിന്നിൽപ്പെട്ടതാണ് മറ്റൊരാള് പറയുന്ന കേൾക്കുന്നതിനെ കാണാൻ ഇയാള് പറയുന്ന ആളായി തീരുക ശ്രോതാഭാഗത്തിനെ കാണാം പാസംഗീനാവാം എന്നിട്ടില്ല വേറൊരാൾ പറയുന്ന കേട്ടിരിക്കുന്ന ആളാകുന്നതിനേക്കാണാ പറയുന്ന ഞാൻ പറയുന്ന ആൾ മറ്റൊരാൾ കേൾക്കുന്ന ആളാകണോ അതാണ് ആലിവിന്റെ വിദ്യ പ്രസംഗം തന്നെ ഒരാൾ പറയുന്നു കേൾക്കാൻ കേൾക്കാൻ പോകുന്നത് നമുക്ക് മാറ്റാപ്പോ ഇയാൾ മറ്റൊരാളൊക്കെ ഒന്ന് കേട്ടതായി പോവല്ലി തന്മീന്മിൽ തമ്മിലെ വ്യത്യാസം എന്താ പറയുന്നത് കലാമിൽ എന്തുണ്ട് മറ്റുള്ള ആ കൊപ്പിച്ച് പറയിലും കുറെ ജിയാദത്തും പെരുപ്പിച്ച് പറഞ്ഞെല്ലാം കൂടി ഇങ്ങനെ കൊണ്ടുവരുന്നില്ല ആക്കാൻ അതിലുള്ളത് മാത്രം കിട്ടും പറഞ്ഞാലേ ആൾക്ക് അനുഭവല്ലോ അങ്ങനെ പെരുപ്പിച്ചെല്ലാം കൂടി ഇങ്ങനെ വളച്ചു തിരിച്ചു പറഞ്ഞുകൊണ്ടേ അപ്പൊ കൊറേ അപ്പോൾ ആ പറയുന്ന ആത് ഹൈനത്തോട്ടിട്ട് രക്ഷപ്പെടാൻ പ്രതീക്ഷിക്കേണ്ടതില്ല അതാണ് എന്തിനെ കലാന്നുണ്ടാകുന്ന ദോഷം ഇത്തിയമായെന്താ ഉണ്ടാകാനെ അടങ്ങിയു അല്ലെങ്കിൽ ഇതിന്റെ സരാമത്തോടുകൂടി കയറിട്ട് ഇരുവ് കലസ്ഥമാക്കലാവില്ല അതാണ് ഏതായുമായി മാസം കൊടുത്തത് വമിനൽമായിൽപ്പെട്ടവരാണ് അവിടെ ഹസാരാക്കി വെക്കും ഈ എൽമ് വാറാക്കുണ്ടാവാൻ അയാൾക്ക് ഇഷ്ടമില്ല അപ്പൊ ഇയാളെ മാത്രം ഒരു അക്ഷയൻ അയാൾ ഇൽമിന്റെ വിഷയത്തിൽ അയാളേ ഉള്ളൂ അയാളുണ്ടാക്കുന്ന അരകത്തിന്റെ ഒന്നാം നട്ടിലിട്ട് ശിക്ഷിക്കും ജനണം ഇരുമുണ്ട് ഇത് ബാറാക്ക് കിട്ടാൻ അയാൾ കാശോക്കൂല എന്നെ ഞാനിത് സ്പെഷ്യലിസ്റ്റ് ആവുള്ളൂ ബാറാക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്പെഷ്യലിസ്റ്റ് അല്ലാണ്ടല്ലേ വലമായിപ്പെട്ട ചിലരുണ്ട് അയാളെ എന്ത് പഠിച്ചിട്ട് സുൽത്താന്റെ ഓലത്തിലാവും അപ്പൊ സുൽത്താൻമാർ അങ്ങോട്ട് ആരെങ്കിലും എതിർക്കാൻ പിന്നെ ഓരം വൃതിയുണ്ടോ സുൽത്താൻ എതിർക്കാൻ പാടില്ല അപ്പോൾ ഇവന്റെ ഇരുമിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് അയാൾക്ക് കൊടുക്കപ്പെട്ടു നിങ്ങൾ പറഞ്ഞ അങ്ങനെയല്ലേ വേണ്ടി ഇങ്ങനെയാ വേണ്ടി ഇന്ന് പറഞ്ഞു കൊടുത്തെങ്കിൽ പിന്നെ ചെയ്യാമെന്നാണ് അല്ലെങ്കിൽ അയാൾക്ക് കിട്ടണ്ടൊരു ഹറ്റിലെന്തായാലും ഉപേക്ഷ വന്നാൽ അയാൾക്ക് പിന്നെ ഹൈളി അവിടെ അയപ്പം തന്നെ വമിബ നരകത്തിന്റെ രണ്ടാം തട്ടിലാണ് ഇതിലാ വമിനത്മായ്യാലിഷല വലമാക്കളിപ്പെട്ട ചിലരുണ്ട് ഇൽമിനൊക്കെ സൂക്ഷിച്ചു വെക്കും ചറപ്പും കുറച്ച് സാമ്പത്തികമായി കഴിവുള്ള ആക്കയെ അത് കൊടുക്കുന്ന താമസിക്കൊന്നും ഓർമ്മത്തെടുക്കാൻ പാടില്ല വലിയ വലിയ അക്കം വലായർ അഹിരൻ ലഹു അഹിരൻ അതേ തരത്തിൽ ഈ ഇൽമിലേക്ക് ആവശ്യക്കാരായ ആളുകൾ എന്താക്കില്ല അതിനഹിരണൊന്നുമില്ല പതാലിത്താലിക്കാർ നരകത്തിലുള്ള മൂന്നാം തട്ടുകായാണ് ഒരു പാവങ്ങൾ ഉണ്ടാക്കുന്നതിന് ആവശ്യക്കാർ പക്ഷെ കേണി കേട്ട ആളെല്ലാം വലിയ വലിയ ഗേമം മാറില്ല എല്ലാ കട്ടറും മാറുക അംബാസഡർ മാറുക ഇങ്ങനത്തെ എപ്പോഴും പെട്ട ഇൻസേഡലാക്കി പിന്നാക്കി ആൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചപ്പോ കണ്ടുമുട്ടുന്ന ആളും സ്വാഗതം പ്രായം മാറില്ല അവരോട് ക്ലാസ് എടുക്കില്ലേ അവർക്ക് ക്ലാസ്സാടാകും ഇവർ സാധിച്ചത് അപ്പൊ ഇവർ അതിനു കണക്കാക്കൊന്നുമില്ല വമിനല്ല മൂന്ന് മുത്തല്ലിഫീണ്ട സ്വത്തവക്കായിട്ട് നസ്തൽ കയ്യാതാക്കാൻ അമ്മ നമുക്ക് കൊത്തവന്നു അതിന്റെ ആടാന്ന് ചോദിച്ചോളൂ ചോദിച്ചോളൂ എന്താന്ന് എന്ത് ചോദിച്ചാലും മറുപടി അപ്പൊ എന്താക്കറിയോ വിവരമില്ലാത്തതും സ്വത്തവ് വിട്ടു പക്ഷെ അന്നാഹു താലം ഈ മുത്തക്കല്ലിഫീകളുണ്ടല്ലോ ഇല്ലാത്തതിന് ചമയുന്ന ആള് വിവരം ഇല്ലാണ്ടല്ലേ വിവരത്തിനായിട്ട് അവർ അന്നാഹു താലം فذلك في الدرك الرابع من النار مرغبتنا الرابعه قلنا ومن الولى ماي من يتكلم بكلام اليهود والنصارى ليغزر به علمه فذلك في الدرك الخامس من النار يهود النار نصارىകളെ संसारिक മൂലം കാണിക്കുന്നു എന്തിനാണ് അയാൾ ഇൽമിന്റെ വണ്ണം കാണിച്ചു കൊടുക്കാൻ വേണ്ടി യൂദവർഗ്ഗത്തിൽ വെഞ്ഞിനെ കാണിക്കില്ലേ അയാൾ അഞ്ചാം തട്ടിലാണ് ومن العلماء من يستغل علمه مروءته ونبله ومذكرم بالله فذا ذلك بدرك التاسيمه النار علمه냐യാളാകിது അയാളുടെ സ്ഥാനമാനങ്ങൾ ഉയർത്താനും ആൾടയി വലിയ പെരുമ കാട്ടാനുള്ള ആവശ്യതിനാണ് ജനങ്ങളെ ഇതിൽ അയാളെ തന്നടിനി ആറാമത്തെ ൾക്കുന്ന കിബുറും സഹിബക്കാനം എല്ലാണ്ട് ഇടത്തി വിട്ടിട്ടുണ്ട് സഹിബ് പൊങ്കച്ചം മറ്റന്നാളിലേക്ക് തോന്നിയത് മറ്റന്നാൾക്കില്ലാത്ത മേന്മ കാണിക്കലും പ്രജുഭം അയാള് മറ്റന്നാൾക്ക് വാതോർന്ന് നടക്കുകയാണെങ്കിൽ അയാൾ വലിയ ഗൗരവം വഹിച്ചാ പറഞ്ഞു ഒരു വിഷ്കൊമ്മാതെ ഭയങ്കര ഗൗരവം വഹിച്ചു അയാളോടാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തല്ലോ അയാൾ ദൗഷം പിടിക്കും അയാൾ അങ്ങോട്ട് ഉപദേശിക്കാനും പാടില്ല അയാളെ നരകത്തിൽ എത്രം തട്ടി നീ ഏഴാം തട്ടില അപ്പേര് തട്ടായി നീ അതുകൊണ്ട് നീ സ്വന്തം മൃഗം പിടിച്ചോ മരേന്ന് പറഞ്ഞത് ണത്താൻ നീ സൈത്താൻ ഓവർസൈഡിലേക്കും നിന്ന കീഴടക്കാണ്ട് ചൂടമിൻ അത്ഭുതമില്ലാതെ കണ്ട് ഋജിബില്ലാതെ ശരിക്കാൻ നീ തയ്യാറാവണ്ട ശരിക്കാനൊരു കാരണം പാടാം ആ വൈരി അറബിൻ ഒരു പ്രത്യേക ലക്ഷ്യത്തിലല്ലാതെ സഞ്ചരിക്കാനും പാടില്ല എന്തിനാകുന്നത് വെറുതെ കൂട്ടാന്നൊരു മൊക്ക അതിന്റെ ആവശ്യമില്ല എന്തിനാ പോകുന്നത് പ്രത്യേകം ലക്ഷ്യം പറഞ്ഞു ഒരു അറബ് വേണം മറ്റൊരു ഹനീയത്തിനുണ്ട് ഇന്നലെ ഒരു മനുഷ്യന് വലിയ സ്തുതിയും ഏരും പെരുമയും പോരിച്ചകളും മശുരിക്കും അഗരിമിന്റെ ഇടയിൽ പരന്നുകിടക്കുന്നു അത്ര ശ്രദ്ധേയനായി മാറിയിട്ടുണ്ട് ലോകപ്രതിട്ടുണ്ട് പക്ഷേ ഇയാൾ അന്നടക്ക പോയാൽ മൊമാ യുനന്ത ജനാഹാരം ഉദർത്തി ഒരു കൊടുവിന്റെ ചെറുകിന്റെ തൂക്കം ഉണ്ട് അള്ളാടൊക്കെ പോയാൽ ഒന്നുമില്ലേ ഹസം അവരിലേക്ക് ഖുറാഖാനിൽപ്പെട്ട ഒരാള് ചുമന്നുകൊണ്ട് വന്നു വലിയൊരു സഞ്ചി എപ്പോഴ് ഹസം തമ്മിയല്ലാ കൊണ്ട് മധുരത്തിൽ നിന്ന് ശേഷം ഒരാൾ വലിയ കഞ്ചിയേക്ക് വരുന്നുണ്ട് ആ കഞ്ചിയിലേ അയ്യായിരം ദൃഹമുണ്ട് പിന്നെ പത്ത് വസ്ത്രമുണ്ട് ആ വസ്ത്രം തന്നെ നല്ല മാർഗം കയറിയ വസ്ത്രങ്ങൾ വക്കാല പറഞ്ഞി തങ്ങളുടെ ചെലവിന്റെ പൈസ ഇതാ വസ്ത്രം രണ്ടെണ്ണുണ്ടല്ലോ അപ്പൊ ഹാദി അടുത്തേക്ക് നപ്പക്ക അയ്യായിരത്തിലേക്ക് നോക്ക് വഹാദി കിസ്മത്തിന്റെ അടുത്തേക്ക് പത്ത് വസ്ത്രത്തിലേക്ക് ഹസൻ തമിട്ട് പറഞ്ഞാ ഏ വേണ്ട പോലേന്ന് ഓറ വർഷം ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അനുസോട്ട് ആഫാസ േക്ക് നസക്കത്തക്ക വ കിസ്മത്തൊക്കെ ഫലാഹാദ ഫലൻ അഭിദാനിക്കാം നിന്റെ നഷത്തയും നിന്റെ കിസ്മത്തും നിന്നിലേക്ക് എന്നെ ചേർത്ത് കുടിച്ചോ എനിക്കാവശ്യമില്ല അതാ ഗുമ്മയിലേക്കാം നിന്നെ കൊണ്ടന്നെ ചേർത്തോ ആ നസത്തയും ആ കിസ്മത്തും എനിക്കാവശ്യമില്ല ഇന്ദൂ മഞ്ജലസം ഇത്തര മതിരീ കിസര ഞാനിരിക്കുമ്പോഴത്തെ ഈ മതിരസരാൾ ഇരുന്ന് ജനങ്ങളെ അനുഭവിക്കാനായിരിക്കുന്നു അപ്പൊ ഈ പ്രത്യേകമായിട്ടല്ലേ മുൻപ് പറയുന്നത് എന്നിട്ട് ജനങ്ങളെ വക്കൽ നിന്ന് വല്ലതും സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അള്ളാഹു താലാന കണ്ടുമുട്ടുമ്പോൾ വരാഹാ കടഹു അവന് യാതൊരു ഒന്ന് ഓരോ കിട്ടാനുണ്ടാവില്ല ജനങ്ങളെ പക്കൽ നിന്ന് മകൾ പോയിന്ന് പറയും വേണ്ടേ വേണ്ടാന്ന് മറപ്പു മറപ്പു അൺ അതേത്തവൻ അവിടെ തന്നെ قال قال رسول الله صلى الله عليه وسلم لا تجرسوا عند كل عالمين يلا عالمين جل كل نكري كان بسولا هذا حكمل فرضا حجرانه وفرضا حكمل لا تصحبا نور لله هذا حتى انت موتا مننا باقنا الله هذا حتى انت حالي من اللذي لك لفرير نغلقنا ايانا سنصار الشعال الله لما يجاري سيئرون لله ലാ തജ്രി തൂ ഇൻദ കുല്ല ആലിമിൻ എല്ലാ ആലിമിൻ അടുക്കല്ല മിടിക്കാൻ പറ്റൂല ഇല്ലാ ഇലാ ആലിമിൻ യദുഉകും മിൻ ഖംസ് ഇൻ ഇലാ ഖംസ് അഞ്ച് കാര്യത്തിൽ നിന്ന് അഞ്ച് കാര്യത്തിലേക്ക് നിന്നെ લઈಕണം നിന്നെ അഞ്ച് കാര്യണ്ട് ആ അഞ്ച് കാര്യത്തിൽ നിന്ന് മാറ്റിയിട്ട് അഞ്ച് കാര്യത്തിലേക്ക് എന്താടാകണം നിന്നെ લઈചേണ്ടു പോകണം എന്തല്ല അഞ്ച് മിനൽ ഷക്കിർ യഖീൻ നിൻ്റെ അടുക്കൽ ആ സംശയം ആയിരുന്നു ആ സംശയത്തിൽ നിന്ന് യഖീൻ ലേക്കുകൈക്കണം വമിനൽ നിയാഇ ഇലൽ ഹിസ്ല പിന്നെടുത്തിൽ എന്തായാലും ഇയാഗായിരുന്നു ഇഹ്ലാത്തിലേക്ക് നയിക്കണം വമിൻ സുഹൃദി ദുന്യാവിൽ ആഗ്രഹം ആയിരുന്നു ഇരിക്കുണ്ടായത് സുഹൃദിലേക്ക് നയിക്കണം മൂന്ന് വമിരൽ കിബിരിവാദ കിബിരൽ തവാദിലേക്ക് നയിക്കണം വമിരൽ അതാവാതിയിലെന്ന സിഹ പരസ്പരമുള്ള അതാപത്ത് മാറ്റിട്ട് പരസ്പരമുള്ള നുസഹയിലേക്ക് നയിക്കണം ഇങ്ങനത്തെ ഒരു ആരുമുണ്ട് എവിടെങ്കിലും അന്ന് അളപ്പ് ി അവളുള്ള എല്ലാ ആഡംബരത്തോടുകൂടി ജനങ്ങളിലേക്ക് ഒരു പുറപ്പെടൽ ഒരു എഴുന്നള്ളലുണ്ടല്ലോ അതിനെ ഒരു എഴുന്നള്ളൽ എന്നറിയും പ്രകടനം എന്ന് പറയും എഴുന്നടാറുണ്ട് എഴുന്നല്ലാക്കി അത് ആക്കി കാണിക്കണ്ടേ ഇങ്ങോട്ട് ആളാന്നു ഡംബരത്തോടുകൂടി ജനങ്ങളിലേക്ക് പ്രത്യക്ഷമായി അപ്പോള് ജനങ്ങൾ രണ്ട് തരം ഒന്ന് ദുന്യാബന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടർ മറ്റൊരു കൂട്ടർ കുനമാവുല്ലാഹിറ രണ്ടാരുടെ ഈ പ്രതികരണം രണ്ടും രണ്ടാന്ന പറയും ദുന്യാബിനാഗ്രഹിക്കുന്ന ആള് കാറു എന്ന് വലിയ ഭാഗ്യം കിട്ടിപ്പോയി അയാളെ ഏത് സ്ഥാനത്തായിപ്പോയി അയാൾക്ക് ഇപ്പോ എന്താണയാളെ പദവി എന്നാ അതേ അവസരത്തിൽ ആക്രത്തിന് ഉദ്ദേശിക്കുന്ന ആളുകൾ പറയുന്നത് ഇതെല്ലാം പുറം പോക്കാം ഇതിൽ നമ്മൾ മനസ്സിലാവേണ്ടെ ഉദ്ദേശിക്കുന്ന ആളുകൾ പറയുന്നത് കാറൂന് നൽകപ്പെട്ടതുപോലെ നമുക്കും പ്രത്യേക തിരക്കേടില്ലായിരുന്നു കാറൂൻ ആരാണ് ഇന്ന ഹൂർ അതും അന്നി നദീനോ അയാൾ വലിയ ഹന്നുള്ളയാളാണെന്ന് നമുക്ക് അതിലൊന്നും ആ സ്ഥാനത്തേക്ക് ഇതാ കുഞ്ഞാബിന്റെ അവസ്ഥ അതേ അവസരത്തിൽ ഊട്ടു നൽകപ്പെട്ടവർ പറഞ്ഞെന്താന്നറിയോ വൈലക്കും ആറ്റാം പറഞ്ഞു സവാബുമായി ഹൈമനെന്ന് പറയാ അപ്പൊ ഇവിടെ എന്താ അറിയോ രണ്ടും രണ്ടായി കണ്ടു ദിരുന്നയാഞ്ഞ പറഞ്ഞത് കാറൂണെ പോലെ അവരാണെന്ന് ഇവരി ഊത്തുള്ളിൽമന്റെ നിലപാടെന്താ ഹോയ്ലെങ്കിൽ സ്വഭാവം പറയണമെന്നാണ് അത് ഊത്തുൽമന്റെ സ്വഭാവം അതായിരിക്കും അപ്പൊ ഈ ഊത്തുൽ എന്ത് പറയാൻ പാടില്ല ഞാനായിട്ട് ഞാൻ മികലമാവസിന കാറുവിന്റെ ബാതിൽപ്പെടാൻ പാടില്ലല്ലോ കളം മാറിച്ചാടിയില്ലേ അഹിരൽമി അവയുടെ ഇൽമിന്റെ ഹനികാരത്ത അറിയിച്ചു കൊടുക്കുകയാണ് അലബിന്യാഞ്ഞാവിനേക്കാൾ ആഹരത്തിന്റെ മുൻതൂക്കം കൊടുക്കണം അപ്പൊ ഇത്ര നേരം ഒരു കാര്യം എണ് ഇത്ര പേരാണെന്ന് വിചാരിക്കും അലാമാണു ഒന്ന് രണ്ട് മൂന്ന് പേര് മൂന്ന് പേര് അല അയ്യാല ബാക്കി അലാമാത്തിൽപ്പെട്ടതാണ് ആ അദ്ദേഹം പറഞ്ഞ വാക്കിനോട് അദ്ദേഹത്തിന്റെ പേര് എതിരാകാൻ പാടില്ല എന്നാണ് ഒരു കാര്യം കൊണ്ട് കൽപ്പിക്കാൻ പറ്റൂല അയാൾ ആദ്യം അതുകൊണ്ട് അമൽ ചെയ്തവനായിട്ടല്ലാതെ ും എന്നാ അള്ളാഹ ചോദിക്കുന്നു നിങ്ങൾ ജനങ്ങളോട് ബിരുദ കൊണ്ട് കൽപ്പിക്കുകയും നിങ്ങൾ സ്വയം മടക്കുകയും ചെയ്യുകയോ വക്കാല തനാല കപുറമക് നിങ്ങൾ പ്രവർത്തിക്കാത്ത കാലം ജനങ്ങളോട് ഉപദേശിക്കരുള്ളത് അള്ളാടീ ആ കപുറമക്തനാണ് ും ഞാൻ നിങ്ങൾ എന്തിനത്തൊട്ടാണോ വിനോദിക്കുന്നത് ആ വിരോധിക്കുന്ന കാര്യത്തിലേക്ക് ഞാൻ ചെന്നുകൊണ്ടിട്ട് ഇതിനെതിരാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ എന്റെ വാക്കും പ്രവർത്തി രണ്ടായിരത്തി ഇരുപതാണ് അതിനാണ് ഹിസ്മത്ത് എന്ന് മുമ്പ് പറഞ്ഞത് അപ്പൊ ഉപദേശിച്ചതെല്ലാം അവർ നടപ്പിലാക്കിയതായിരിക്കും വിരോധിച്ച കാര്യമെല്ലാം അവർ ഒഴിഞ്ഞാളായിരിക്കും അതിനാണ്ട് ഭഗവാനേ കേസുമ്പത്തു അന്ന് അവരെ കാക്കുന്നുണ്ട് എന്ന പേരിലേക്ക് നോക്കി കഴിക്കുമ്പത്തൂന്ന് പേര് വന്നു അയാ അവിടുണ്ടാകുന്ന ഹാരി തന്നെയാണ് വകാലത്താല വത്തക്കുന്ന വകാലത്താന വത്ത കുന്ന ഭാഗത്തിലേക്കാ സൂചിപ്പിച്ചത് വത്തക്കുള്ള വായനമോ നമ്മളെ ഈ ഭാവി ഹെഡിങ്ങേറ്റ് ഒക്കുന്നുണ്ട കൗരവശീലും തമ്മിൽ എതിരാവാൻ പാടില്ല വാക്കും പ്രവൃത്തിയും തമ്മിൽ രണ്ടാകാൻ പാടില്ല എന്നല്ലേ പറയുന്നത് ആശയം കിട്ടാൻ വേണ്ടിയിട്ട് വത്തക്കുള്ളാഹ വയനാലിമൊക്കെ മുല്ലാണ് എങ്ങനെയാണ് ഇഷ്ടാലി വത്തക്കുള്ളാഹ വായനമോ വത്തക്കുള്ളാഹ വസ്മാനം എനിക്കൊക്കെ ചെയ്യുന്നതാണ് കൗലം ഫീതം തമ്മിലെതിരാകാൻ പാടില്ല എന്ന റ്റിങ് തുടങ്ങിയിട്ടാണ് മുപ്പത് ആഴത്തുകൊണ്ടിരുന്നത് ഒത്തക്കുള്ള വമാവുലീന അതൊക്കെ വളരെ വ്യക്തം വത്തക്കുന്നാഹ ജലിമുക്കുമുന്ന വത്തക്കുള്ളാഹ വാലമു വത്തക്കുന്നാഹ വസ്മവു എന്ന് പറഞ്ഞ ഈ മൂന്നായത്തിൽ നിന്ന് നമ്മൾ ആ ഹെറ്റിങ് എങ്ങനെയാണ് നിശ്ചിത നേരത്തെ നേരെ കിട്ടുന്നില്ല എൺപത്തഞ്ചു പറഞ്ഞു അദ്ദേഹം വാങ്ങി ബാക്കിയെ വരിയായി കണക്കാക്കിയപ്പോ നമ്മള് പഠിച്ചു വിട്ടാലും മിക പഠിച്ചുവിട്ടാലും എന്നെ ഒരു ബാക്കിയാണ് മക്കാലോട് സമ്മൊന്നും വാങ്ങണ്ടത് പഠിക്കാൻ വന്ന എന്നെ ബാക്കിയാണ് കുട്ടിക്കുന്നത് ഒറ്റ ഇത്തരം വായിച്ചതിന് ചെറിയ ചെറിയ ബുക്കാണ് കൊത്തുക പിന്നീട് നീ വാല് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എന്താക്കണം എല്ലാ ഫൈന ആ നസ് നാക്കിയാലും പറ്റില്ല നിന്റെ ലഫ് മൊത്തായി കഴിഞ്ഞാൽ അങ്ങനെയും മൊത്താലാണ് പിന്നെ ജനങ്ങൾക്ക് വേറെ ഓർമ്മെടുക്കില്ല ഈ തർത്തീമ് നോക്കാത്ത ഭക്ഷണം നീ രജിച്ചോന്ന പറഞ്ഞാത്ത കാര്യം പറയുന്നൊണ്ട് ഇതുറാകെ നടത്തപ്പെട്ട രാത്രി ഞാൻ നടന്നുപോയി ബി അക്ക മീൻ ഒരു ജനങ്ങളടുക്കൽ കൂടി തകരുന്നു ും അവരെ ചുണ്ടുകവർ കീർന്നെങ്കിൽ മക്കാലി നമിന്ന മരകത്തിന്റെ കത്രിയുണ്ട് ചോദിച്ച് മണ്ണൻസും നിങ്ങളാരേ അക്കാലും അവർ പറഞ്ഞു കുഞ്ഞാനിൽ ഹൈവലി നമ്മൾ ഹൈദ കൊണ്ട് കൽപ്പിക്കും പക്ഷെ അത് നമ്മൾ ചെയ്യൂല ചെറിയ തൊട്ട് വിരോധിക്കും അത് നമ്മൾ ചെയ്യും കോലും ഫീലരിഞ്ഞായി وقال صلى الله عليه وسلم هلاك امتي عالم منفذ و العابد جاهل اذن മുമ്പ് പറഞ്ഞതെ ഫഹലക العافيه جاهلا يا عبدا ان اند ഉമ്മത്തിൻ ഹലക് വശറു സദാരി ശബറുന്നുലമാ വഖൈറുൽ ഖിയാരി ഖിയറുൽ ഉലമാ എല്ലാവ ശർറൽ ബിചർറ എദാന ശർറായ ഉലമാകളാ ഖൈറായ എച്ചം ബിഖൈർ എദ ഖൈറായ ഉലമാകളാ ഹൈദരബാദും അതിനകത്തെ വരെ ഇറച്ചണ്ടാ നിൽക്കുന്നു വക്കാനുള്ള ഔസാഹി റഹ്മഹുള്ള പറയുന്നു ശകത്തിന വാവി തുമാ തദിതു മിൻ ഹിതനി ഇയ ബിൽ കുഫുന്നതനി മിനതി നിയതൽ കുഫാർ ഇതോ ഹികമ കഴിഞ്ഞു ഇട്ടണ്ടല്ലേ അ ഇബ്നു അബ്ബാദും ഒരെമ കഴിഞ്ഞു ഇട്ടണ്ട് ഫൗഹല്ലാഹു തആല ഇലാ ബുതുല ഉലമാ ഇന്തന മിമ്മാ അന്തും ഹീൻ കൊഫ്റുകളുടെ ശവം ഈ ശ്മശാനങ്ങളുണ്ടല്ല അത് പരാതി പറയുന്നു കൊഫ്ഫാറിന്റെ ശവത്തിന്റെ മാറ്റം കാരണത്താൽ അതിന് സിക്കാത്ത പറഞ്ഞ് നവാബി ആ ഈ ശവപ്പുറമ്പ് ഈ നമ്മളിങ്ങോട്ട് എന്താ പോയി ചൂട്ടാടും എന്ന് പറയും അല്ലെങ്കിൽ പോയ പെണ്ണുങ്ങളെ പ്രാവശ്യം അവിടെ ശ്മശാനം ഉണ്ടെന്നറിയത് അപ്പൊ അമ്മാവത്താൽ അതിനെ അറിയിച്ചു കൊടുക്കുന്നതാ ഉലമ്മാവു സുന്റെ പത്തനം ഇതിനാൽ കാണാറുന്നതോ ഇതിരിക്കുക ഇന സലഹരിക്കുകയും ഏകോചന തകൻ ആവശ്യം അത് കള്ളത്തിലൂടെ ഉണ്ടാവില്ല വന്ന് നോക്കിയത് വക്കാലൽ പുതയിൽ പിന്നെ പറയുന്നു ബലഹൻ ഈ അന്നൽ ഫസക്കത്തമിനൽ നവസാൻ എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് തുളരുപതി ഞാദാ പറയുന്നു ഓരമുണ്ടഴിഞ്ഞാൽ ഹരിഹാരിക്കണം ഒരമാ ഇൽ നിന്നുള്ള പാചക്യങ്ങൾ അവരെ കൊണ്ടാണ് ശിക്ഷ തുടങ്ങുക ആക്കു മുമ്പായിട്ട് വിമാനാധകന്മാരെ ശിക്ഷിക്കുന്നതിന് മുമ്പായിട്ടുണ്ട് അവരത്തുള്ള പറയുന്നു വയലുള്ളിമല്ല ഞാനും മറത്താൻ വിവരമില്ലാത്ത വരുവർത്തമാണ് വൈലി മറത്തന്റെ താല് താല്പ്പെടുത്തി കൊടുക്കണം വൈലിയും കൊടുക്കണം لا يا النبي قد تا با قلت له وويل لمن يعدم مراعاه بل علم لديه تعمل إلا تاك ويلند حتى 73 تمام رباته ويلا وقال الصحابي رضي الله عنه ربنا يوم القيامه قام مننا الجنه على قوم من اهل النار ويقولون لهم ما دخلكم النار ان ما دخلنا الله الجنه بفضل تذيبكم وتعليمكم അയ്യാമനാളില് സ്വർഗത്തിന്റെ അവകാശികളിൽപ്പെട്ട ഒരാള് പ്രത്യക്ഷപ്പെടുന്നു ആരിലേക്ക് നരകത്തിന്റെ ഹരികാതെ കോമ്പമ്മിലേക്ക് കേട്ടോ പയകൂലൂലഹും ഈ നരകത്തിലുള്ള ആളുകളോട് ഈ പ്രത്യക്ഷപ്പെട്ട ആള് പറയുന്നു നിങ്ങളെന്താ നരകത്തിൽ കിടന്ന് നിങ്ങളല്ലേ സ്രോതത്തിക്കിടത്തിനി നിങ്ങളോപദേശം കേട്ടിട്ട് ഞമ്മൾ നന്നായിട്ടല്ലേ ഞമ്മൾ സ്രോത്തിക്കേ നിങ്ങൾ നേടിപ്പോയിമ അഹ് കലാൽ തന്നെത്ത നമ്മളുള്ള സ്വർഗത്തിക്ക് ഏറ്റവും വിശ്വത തെളിയിപ്പിക്കുമ്പോ താലീമിക്കും നിങ്ങളെ അഥവ് പഠിപ്പിച്ചതും നിങ്ങളെ താലീമിന്റെ എല്ലാം മാത്രം കൊണ്ട് നമ്മളെ ഇങ്ങോട്ട് കിടക്കി പയക്കൂ അപ്പൊ പയക്കൂറുവിനവർ പറയും പിന്നുറുബിന് വരാനെപ്പത് പക്ഷെ ശരിയല്ലേ ഞാൻ നിങ്ങൾക്ക് എന്തല്ലോ ഫൈത പഠിപ്പിച്ചാന്ന് നമ്മൾ ചെയ്യലില്ല പിന്ന ചെറുനെ തൊട്ട് വിരോധിക്കും അവ നമ്മൾ ചെയ്യലുണ്ട് وقال هاتم الله ثم رحمه الله يقول ليت في القيامه اشد حسره من ذليلن علمننا علم فعملوا به ولم يعملوا به ഇതിന്റെ മറ്റൊരു ഭാഗത്തു ഖയാമന്നൽ ഹസറത്തിനയച്ചവൻ കടപ്പം കൂടി ആടാരാന്നറിയോ ഒരു رجل ഉണ്ട് അയാള് ജനങ്ങൾക്കല്ല മിമിർപ്പിച്ചോർത്തു ജനങ്ങൾ അതുകൊണ്ട് അമല ചെയ്തു ഇവനോ അമൽ ചെയ്തില്ല ഇവൻ കാണാത്ത ജനങ്ങൾ വിജയിച്ച് ഇവനെ അലാക്കിരുന്നുണ്ട് ഇതെന്നെ അല്ലേ നേരത്തെ പറഞ്ഞിരുന്നു അവർ പ്രവർത്തിക്കേറി ാലിമ അമരി ഇല്ലാതെ കണ്ട് വേദനവർജ്ജിപ്പാ എന്നാൽ അയാൾ മോകത്തുണ്ടാക്കും ജനങ്ങളെ കൽബിൽ നിന്നങ്ങ് മാറ്റവും നീ ഇപ്പം വെളിച്ചുപോന്നാം ഏത് പാകക്കല്ലും ഒന്നും ആയുധാ താലിനെ കൊലിച്ചെറങ്ങുന്നു കൽബിലുള്ളിൽ വേദന പിടിക്കൂലെന്നാണ് അതെ അത് അപ്പൊ തീരെ ഇല്ലാന്നുവരല്ല ആർക്കെങ്കിലും ഉപകാരത്തിന് എത്തിയൊരവസ്ഥല്ലേ മറ്റേവരുടെ പൊതുവെയുള്ള ഹാരിതാണ് ജനങ്ങളെ ജീവിക്കാൻ തയ്യാറാവുക فهي نعقل إليه بشاطة جهد الله جرن لانكزن <تصفيق> وأنشذوا يا بعض الناس قبل أصبعت متهما إذ عبت منهم أمورا أنت تأتيها أصبعت تنصفهم بالبعض مجتهدا فالموبقات لعملي أنت جانيها تعبدوا الدنيا وناسًا واغيمين لها وأنت تدر منهم غبطة فيها அப்படி అంటే बाकी वकाल आखरु ने मारे इदु मुम्बे कणिटंडा बेक ना तनहन खलकन तगफी मिसलहु आरुन अलैकी दाफालता मीम डाला अडु मुम्बे गई या वही ननाफी कद असबहत मुतहम जनंगळुक्क वंदो नुडुकन मनचा നിന്നെപ്പറ്റി മുത്തഹമായിട്ട് മാറിയിട്ടുണ്ട് നീ പറയുന്നൊന്നും ശരിയല്ല നമുക്ക് തോന്നുന്നു അതാണ് ശരിയാണെന്ന് ഇങ്ങനെ സംഭവിക്കുന്നില്ല എന്തുകൊണ്ട് ഇത് വിവിധ മിന്നും ജനങ്ങളിൽ നിന്ന് മിന്നു ജനങ്ങളെ വക്കൽ നിന്ന് നിങ്ങൾ അയ്യമാതി കാണുന്നുണ്ടോ മൂറും കുറെ കാര്യവും അന്ത നിങ്ങൾ അത് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അയിബല്ല എന്നല്ലേ അപ്പോൾ ഒരു അസമഹത്ത തൻ സഹം മിൽവണി മുദിക്കഹിരൻ വാഴന്നുകൊണ്ട് നിങ്ങൾ വളരെ പാടുപെട്ട് പരിശ്രമിച്ചിട്ട് വാന്നുകൊണ്ടിട്ട് നടക്കുന്ന ഓറ ദുഃഖിന് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാ പൽമോത്തുകളാകുന്ന രജികൾ ലാംബി തീർച്ചയായും അന്തജാനിയ നിങ്ങൾ കൊയ്തെടുത്തിട്ടുമുണ്ട് ദുഞ്ഞാവിൻ ഈ അയബാക്കി പറയുന്നുണ്ട് വൻ ആസൻ ദാതകീന ദുഞ്ചാവിനെ കൊതിക്കൊടുക്കുന്ന ജനങ്ങളെയും നിങ്ങൾ കുറവാക്കുന്നുണ്ട് എന്നാലോ വൻ ദക്ഷമിന്നം നീ ഏറ്റവും കൂടിയ ആളാണ് റോബത്തഞ്ചി ആ ദുഞ്ചാവിനെ റോബത്തിനാൽ ഏറ്റവും അധികരിച്ച ആൾ ഈ ദുഞ്ചാവൻ നീ കുറവ് ആഗ്രഹിക്കുന്ന ആളെയും മക്കയിൽ കൂടി ഞാൻ ഒരു കല്ലിന്റെ അടുത്ത നടന്നുപോയത് മക്കത്തൂ മുന്നണി ആ കല്ലിന്റെ മേലിൽ ഏതവത്തപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മക്കത്തൂ പിന്നലിബത്തൂ അക്ക അല്ലെ അജരണി എന്താ എക്കലിപ്പിനെ നീ എന്നാ മറച്ചു നോക്കുന്നു കാത്തപ് എന്നൊരു പാഠം പഠിക്കുന്നു കലപുത്തു മറച്ചു നോക്കിയപ്പോ പൈതാലിമൻ അന്നമോളം എതി എന്താണെന്നറിയോ അമു ലൂപ്പ തൊലോലം നീ കിട്ടിയെടുത്തോളം ഇൽമോണ്ട് അമൽ ചെയ്തിട്ടില്ലല്ല പിന്നെങ്ങനെ കിട്ടാത്ത ഇൽമിനെ നീ പൊടിക്കുന്ന കിട്ടാത്ത ഒരുമുണ്ട് അമൽ ചെയ്തിട്ടില്ല പിന്നെ കിട്ടാത്ത എനിമിന് എന്തിനാ കുതിക്കുന്നത് അറിയാത്ത കാര്യം കൊതിക്കണ്ടി റഹമുല്ല പറയുന്ന കമ്മിൻ മുളക്കിരിമ്പില്ലാഹി അള്ളാഹുവിനെ കൊണ്ട് തലക്കീറാക്കി അറിയിക്കുന്ന എത്രയോ ആളുണ്ട് ഓ നന്നാല മറന്നുകളാം എത്ര ഭാഗന്മാരുണ്ട് അള്ളാ ജമീല വലിയ ഭീതടെന്ന് ആസിന്റെ അടുത്ത് രീതി കാരണം ആസിന് ഞാൻ കളഞ്ഞിട്ടുണ്ടല്ലോ അന്നാനെ കൊണ്ട് അടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒത്തിരി ആളുണ്ട് അയാൾ അന്നാനത്തൊട്ട് തയ്യുന്നു അന്നാനക്കൊള്ള അപ്പൊ അത് അന്നാനത്തൊട്ട് അന്നാനെ കൊണ്ട് ക്ഷടിക്കുന്ന ഒത്തിരി ആളുണ്ട് അവൻ അന്നയില്ലെന്ന് ഓടുകയാണ് وَكَمْ مِنْ تَعَلِن كِتَابَ اللَّهِ تَعْلَى اللَّهُ بِالْكِتَابُ عُلُمْ ترِيوَانٍ لَهُنْ سَدِحٍ أَنْ عَيَا بِالْلَّهِ يَا اللَّهَ لَا نَعَيَاتِ نَزَتَوَنْهُ وَلِدُونَ وقال إبراهيم أذهم فهمهم لمرين لقد عربنا في كلامنا سنان فلم نلعن ولهنا في عمالنا فلم نعربن نعمل الكلام للباقب നല്ല നേതാബല്ലം കുറച്ച് തെറ്റുവിടാണ്ട് സ്ഫുടമാറ്റി വായിക്കുന്നതിന്റെ അതിൽ യാതൊരു പിഴവും പറ്റുന്നില്ല കലാമ് വളരെ ക്ലിയർ നമ്മൾ ആമനിലാണ് പിഴവ് വഴിവ് അവിടെ നേതാബുമില്ല ഏതാബ് ലഹനി വ്യാകരമപ്പിച്ച് വായിക്കുന്ന ഏതാപെന്ന് പറയും ലഹന തെറ്റിച്ച് വായിക്കുന്നത് അപ്പൊ നമ്മളെ കലാമിനെ നല്ല വ്യാഴം ഉറപ്പിച്ച് യാതൊരു പിഴവുമില്ല ആമലിനിക്ക് ഒരു വ്യാകരണവും ഇല്ല മുഴുവൻ പിഴവുമില്ല فقال الله داعي رضي الله عنه إذا جاء الله إذا عدى من أهم الخسور إذا عدى من أهم خسوره وعندما خسوره وعندما خسرته فأنا لن أقول لنا الخسوره وكامه فلا نتسفره ويجد يا بابا من دمه ورامة حول لننذق رحمان بن عظم رضي الله عنه قال هدثني അഷറത്തുംഹാബിറത്തും സുഹാബിമാറിൽപ്പെട്ട പത്താളെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കാലും അവരെല്ലാം പറയുന്നെന്താണ് മസ്ജിദ് കുബാദ് നമ്മൾ കുബായിലെ പള്ളി അനുഭവിച്ചിട്ട് ഇന്ന് ദൃശ്യ നടത്തുകയാണ് കുബായിലെ പള്ളി മുസ്ലിം മസീദത്തെ ആദ്യത്തെ പള്ളിയാണെന്നല്ല മുസ്ലിമിന്റെ അമ്മയ്ക്ക് മുമ്പുള്ള പള്ളിയല്ല ു പറഞ്ഞുല്ലോ മാ ചീത്തും നിങ്ങള് പഠിപ്പിച്ചുകൊടുക്കാൻ വിചാരിച്ചെല്ലാം പഠിപ്പിച്ചോ പല ഞാൻ ചോക്കുമൊന്നും അത്താ താമലും പക്ഷെ അമൽ ചെയ്യാത്ത കാലത്തോടെ നിങ്ങൾക്ക് ഗോലി തെരുവിലാണോ നിങ്ങൾക്ക് തന്നെ പഠിപ്പിച്ചോ പക്ഷെ അമൽ ചെയ്യാത്ത കാലത്തോട് കോലി തെരുവിലാകും കോലിക്കർഹനല്ലാന്ന് فَقَالَ فهمت... عِيسَى عَلَيْهِ السَّلَامُ أَرِنِي مَثَلَ الَّذِي يَتَعَلَّمُ الْعِلْمَ وَلَا يَعْمَلُ بِهِ كَمَثَلِ امْرَأَةٍ زَنَتْ فِي السِّدَةِ فَعَاقَبَتْهُ وَلَهَرَحْمُهَا فَفَطَمَتْ بِذَلِكَ kind of. مَنْ لَا يَعْمَلُ بِمَا يَعْلَمُهُ يَفْضَحُهُ اللَّهُ تَعَالَى يَوْمَ الْقِيَامَةِ قَالُوا هُوَ ثَنَا ذَلِكَ الْعِلْمُ بَطِئٌ وَلَا أَمْرَ لَهُ نَارُ قُنْقُلَ مَا رِيَ إِنَّهُ زِنَا ذَهَتُنْ دَايِي غَمْبَنَجَمَنْدُ എന്നിട്ടോ ഹാമിന്റെ വെളിപ്പെട്ടപ്പോ ആ നാട്ടിലാകാതെ ഈ പാട്ടായി ഇപ്പൊ നാട്ടിൽ ഈ പാട്ടായി എന്നാണല്ലോ ഇപ്പൊ കോപ്പി എടുവനല്ലോ ഇതുപോലെ അവൻ അവരില്ലാത്ത കാലത്ത് അള്ളാഹുബാനഹകാലൊക്കെ യാമ നാളിനി ജനസാന്നിധ്യത്തിന്റെ മുമ്പിൽ ഇവൻ പറയാത്താകേണ്ടി വരും ഈ പെണ്ണുങ്ങൾ പറയാത്തായതുപോലെ മോലാർക്കാറ് വെള്ളത്ത് സൂക്ഷിക്കേണ്ടതാണ് കാരണം പടപ്പുകൾ എടുക്കണോ കാര്യപ്പെട്ട ആളാകും അപ്പൊ ജനങ്ങളെന്താക്കുവാൻപറ്റിച്ച് മാതൃകയക്കേക്കും ജനങ്ങളൊന്നും നോക്കൂല ഓരോ മുലാക്കേറ്റ അങ്ങേച്ച പിന്നെ ചൈന എല്ലാം ഓറത്തി മാറ്റിണ്ടാവും ബോഡി വില സുഖത്താക്കണം കാരണം മുലർക്കാനോ മുലാക്ക് ചെയ്ത് പറ്റാന്ന് പറയാൻ പറ്റൂല ചൈനവൻ പറഞ്ഞില്ല ബോഡിയിലങ്ങനെ എതിർക്കാൻ പറ്റൂല സാധനം തുമ്മിന് ഉത്തം പറഞ്ഞോളൂ അതാണ് സാഹചര്യം നമ്മളെ വയക്കൂലോല തുമ്മാനോ നാഴത്ത് ഇറക്കി ചോദിച്ചിട്ട് പറയുന്നു പക്ഷെ ആ പറയുന്നത് ചിലപ്പോ ഇവരെ പിരികെ മറ്റുള്ള ഹസനത്തിലേക്ക് ചേർത്താല് അതെല്ലാം ചില സമുട്ടിക്കുട്ട് തിരിഞ്ഞു പോയിന് വരാം ഇപ്പൊ കടലൊരാളെ മൂത്രം ബീച്ചാലും കടലേതാനും രജിസാവൂല അയാള് ഇയാൾ ഒഴിച്ച മൂത്രമല്ലന്നവരുണ്ട് അല്ല മൂത്രം നെജിച്ചല്ല എന്നാ അല്ലെങ്കിൽ ഉച്ചിട്ടില്ല എന്നവരുണ്ട് കടലിൽ പൂത്ര ഒഴിച്ചിപ്പ കടല് മുത്തരച്ചി ശരി അതുകൊണ്ട് ഒഴിച്ചിട്ട് മൂത്രമല്ലാന്ന് വരണോ എല്ലാ മൂത്രല്ലാന്ന് വരണോ എല്ലാം ഒഴിച്ചിട്ടില്ലാന്ന് വരണം എന്താ വേണ്ടിയുടെ മൂന്നും പറയാണ്ട് ചോദിക്കും ശബുരന്റെ പ്രായം ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇത്ര പ്രണായം ഉണ്ടെങ്കിൽ നമുക്ക് സബുറുണ്ടാക്കാൻ വേണ്ടി ബലായനെ ചോദിച്ചുകൂടാ കാരണം ബലായനെ ചോദിച്ചാൽ എന്തായി സകുറുണ്ടാകാൻ കാരണവായില്ലേ നല്ല കാര്യത്തിനായി ചുമ ചോദിക്കലല്ലേ അന്നേരം പുറമൊന്നു വെച്ചൂല കാരണം ഇരുനീസം ആകൽ രാഷ്ട്രീയത്തിന് ചോദിക്കാനാണ് ഞങ്ങൾ ഇത് ബലായനെ ചോദിക്കാൻ മനസ്സിലാ ജിഹാദിനൊരുപാട് പുലിയെല്ലാം പറഞ്ഞു തുടർച്ചല്ല അത് സംബന്ധം നിൽക്കാറില്ല എന്നാലും ഇതേ ഉണ്ടാകുമ്പോൾ അസൊക്കെ ഉണ്ടാക്കുന്നു അപ്പം ഉപറുദ്ധിച്ച് ഇന്നാലുന്നൊരാള് അന്നാണോ പറയുന്ന ചോദിച്ചിട്ടുണ്ടെന്ന് വന്നി അവലെ കൊണ്ട് ചെറുണ്ടാവില്ല ചെറിയനെ ഒപ്പിച്ച് ജീവിച്ചുണ്ടാവില്ല തിരിച്ചവറുകൂടിയാണ് അവരനെ കൊണ്ട് ചെറേണ്ടാവില്ല ചെറിയൊപ്പിച്ച് അവരെ ജീവിച്ചോണ്ടും അങ്ങനെ ഒരു പാറ്റിയെടുക്കണം എന്ന് പറയുന്ന ഒരാളിമി തെറ്റിപ്പറ്റിയാൽ അതിലൂടെ താപയായിട്ടുണ്ടാക്കും അവിടെപ്പോൾ ഇപ്പഴോകം തന്നെ ചിലപ്പോൾ തെറ്റുകളായി മാറഞ്ഞു തീർത്തിക്കൊടുക്കണമെങ്കിൽ പിന്നെ ഇയാൾ വർണ്ണിച്ചില്ല പിന്നെ പറയുന്നു മൂന്ന് കാര്യമുണ്ട് അതുകൊണ്ടാണ് കാലം തന്നെ തകർന്നു പോകുന്നത് അതിൽപ്പെട്ട ഒന്ന് تعالى بن مسعوب رضي الله أنسى يأتي على الزمان على الناس زمانا كم له فيه عذوبة القلوب فلا ينتفي حمل للم يومئذ عالمه ولا متعلمه فتكون قلوبه لماء مثل السباق من زباة المل ينزل عليها قطور السماء فلا يوجد لها عذوبة هذا هذه ساتورنا حضرت الله الرسول الله عليكم ജനങ്ങൾക്കൊരു കാലം വരും കൽപ്പുകൾക്കുള്ള ഒരു മാതുര്യുണ്ടല്ലോ ഒരു രൂപത്ത് എന്ന് പറഞ്ഞാൽ ഒരു നല്ല രസം അതെന്തായി കഴിഞ്ഞാൽ ഉപ്പായിച്ച് മാറിപ്പോകും ഉപ്പു രസം മാറും രൂപത്ത് സാധാരണ മാലിഹ്യം അത് രണ്ട് വെള്ളമല്ലേ ഒന്ന് ഉപ്പ് വെള്ളം കുടിക്കാൻ പറ്റാത്ത രീതിയിൽ ഉപ്പുവെള്ളം മറ്റൊന്നും അത് നല്ല വെള്ളം ആ രൂപത്താകുന്ന ആ അത് സ്വഭാവം നഷ്ടപ്പെട്ടിട്ട് ഉപ്പുരസെങ്ക് വരും അങ്ങനെ വന്നു ഇന്ന് കൊണ്ട് ഉപകാരം കിട്ടൂല ആർക്ക് ആലിമിനിയും കിട്ടൂല മുത്താലിമിനിയും കിട്ടൂല ഉം അക്കാലം വന്നു പറയാം അപ്പോൾ ഉരമായിന്റെ കമ്പിന്റെ അവസ്ഥ എന്താണെന്നറിയോ ഉപ്പുഭൂമി പോലെ ഉപ്പുഭൂമി എന്താ നല്ല വെള്ളം വീണ് ആകാശം വന്ന് എന്നാൽ വെള്ളം കുഴഞ്ഞിട്ട് ഉപ്പുരസം തന്നെ നല്ല വെള്ളം വീണു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഭൂമിയുടെ സ്വഭാവം അറിയിച്ചില്ലല്ലോ നമ്മുടെ കത്തുറിൽ മാറിയതാണ് കത്തറത്തമാർ നല്ല നല്ല എൽമകൾ പക്ഷെ കൽബ് ആകുന്ന ഭൂമി ഉപ്പ് ഭൂമിയായ കാരണത്താലും വീണ വെള്ളം ഉപ്പിനെ സം പലൂര് പത്തുന് അപ്പൊ ആ കുടിക്കുന്ന വെള്ളത്തിന് വിരൂപത്തിൽ അതിന്റെ കാരണം വദാനിക്കിതാ മാനത്തെ കുറവ് പുല്ലുലമാ ചാഞ്ചിലേക്കും ഈത്താറുമായ ലാഹത്തിലേക്കും ചാനപ്പോ ഫൈൻ്റെതായിക്ക് എത്ര ബുഹ്മാ ജനാഭി അഹിക്കുമാ ഹിക്മത്തിന്റെ ഉറവിടങ്ങളെല്ലാം കല്ലിൽ നിന്ന് അമ്പാഹത്താലെ ഊരിക്കുക വയസ്സെ മസാബിയാമി കൊലോബിയും അവരെ കല്ലുകളിൽ നിന്ന് ഹിതായത്തിന്റെ വളക്കൾ അന്താഹക്കാലൊക്കെ എടുത്തി അപ്പൊ ഫയസ്ബീർക്ക് ആനിമഹും ഹീന തൽക്കാഹും അന്നും യക്ഷാഹത്തൂറാഹിദി അപ്പോ അവിടുത്തെ മുലർക്കെന്താക്കറിയോ നീ കണ്ടുമുട്ടുമ്പോ നാഗുകൊണ്ട് അന്താന ഭയപ്പെടുന്നതായിട്ട് കാണിച്ചിരുന്നുണ്ട് പക്ഷെ അമല് പരിശോധിച്ച പൊതൂറ ബാഹിദുവാണ് അൽസന യൗമൈദീൻ അന്നത്തെ കാലത്ത് നാവുകൾക്ക് എന്തൊരു പച്ചപിടിപ്പാണ് ഇങ്ങനെ സമൃദ്ധിയാക്കി വളർന്നിട്ടുണ്ട് പമ അജിതൽക്കുതോബ് കല്ലുകളോ മുഴുവനും വള്ളം പിടിച്ചിട്ട് ക്ഷാമം പിടിച്ചിരിക്കുകയാണ് അന്നൽ മാലിന് അല്ല മൂലി അന്താകെ തന്നെയാണ് സത്യം അങ്ങനെ സംഭവിച്ചെന്തുകൊണ്ടാണ് മാലിമീനങ്ങൾ അള്ളാഹു താനാക്ക് വേണ്ടി അല്ലാതെ പഠിപ്പിക്കാനൊരുങ്ങി വാൽമുല്ലമീന താല്ല മൂല വൈയില്ല പഠിക്കുന്നതാണോ അള്ളാഹക്ക് വേണ്ടി അല്ലാതീനു വേണ്ടി ലക്ഷ്യത്തിനു വേണ്ടി പഠിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് പിന്നെ നിങ്ങൾ അറിയാത്ത കാര്യം തേടണ്ട അറിഞ്ഞതിനെ കൊണ്ട് അവനടുക്കട്ടെ അതിനാ പ്രാധാന്യം നൃത്തം കുറേ ഇരുപതിക്കൂട്ടിലെല്ലാം ഹൃദയാണ് ഇന്നും നിങ്ങൾ ഒരു കാലത്താ ജീവിക്കുന്ന മന്തടക്ക തീമാലമോ അവൻ അറിഞ്ഞതിന്റെ പത്തിലൊന്ന് പത്ത് ശതമാനായി ഉപേക്ഷിച്ചാൽ ഹലക്ക അവൻ ഹലാക്കായി പോയിട്ട് തൊണ്ണൂറിടുത്ത് പത്തിലൊന്ന് പത്ത് ശതമാനം ഉപേക്ഷിച്ചു എന്നാലും ഹലാക്ക വസയ തീ ധമാനുൻ ഒരു കാലം വരുന്നുണ്ട് മൻ അമിര തീശദിമായാലും ഓൻ അറിഞ്ഞതിന്റെ പത്തിലൊന്നുണ്ട് അമൽ ചെയ്താൽ തന്നെ മതി എന്നാ നജ ഓൻ രക്ഷപ്പെട്ടു അപ്പൊ ഇക്കാലത്ത് പത്ത് ശതമാനം വിജയിച്ച വമ്പിച്ച് വിജയ നർത്ഥം തൊണ്ണൂറും തോച്ച് വമ്പിച്ച് വിജയമാണ് രജ ആദ്യകാലത്തങ്ങനെയല്ല തൊണ്ണൂറ് വിജയിച്ചിട്ട് പത്ത് തോച്ചാൽ അത് നഷ്ടം അന്താ കാരണം ബസാലിക്കന് കസലത്തിൽ ബത്താലിൻ ഇന്ന് ബത്താലികൾ കാലാണ് ഉം എന്നിട്ട് നമ്മൾ എല്ലാം മടിയന്മാറും മണ്ടം മാറായിട്ട് കഴിഞ്ഞു കൊടുത്ത കാല പേരില് പത്ത് ശതമാനം വിചാരിച്ചു വയ്ക്കു എന്ന് പറയാം ഇനി വയനം അന്ന മസലൽ ആലിനി മസല കാ മിസുൾ കാവിന്റെ ഉദാഹരണം പോലെ തന്നെയാണ് ആരിമിനു കാദിനെ പറ്റി എന്തല്ല പറഞ്ഞത് അതേ ഉദാഹരണം അരി കൊണ്ട് ആരിമിനുണ്ട് വക്കത് കാല സല്ലുള്ള മൽ കൊള്ളാത്തും കാവി മൂന്നിട്ട് പോലും ിൽഹത്തി ഹക്കെന്താന്ന് അറിഞ്ഞിട്ട് ആ ഹക്കനുസരിച്ച് വിരിച്ചു പ്രധാന സ്വർഗത്തിൽ കൊണ്ട് വിരിച്ചു ഹക്കിന്റെതിരെ ബാത്ര വിരിച്ച് അയാളറിയെ അറിയാതിരിക്കട്ടെ അയാളെ വിജയം നോക്കുന്നു അയാളെ നർഗത്തിലാണ് وقال ان كذاب غير ما امر الله به فهو في النار الله تعالى കൽപ്പിച്ചതല്ലാത്തതുകൊണ്ട് വിളിച്ചു ആരെ നരകത്തിലാ ഇതെന്താണ് ആലിമോ وقال كعب الرحمن പറയുന്നു يقول في اخر الزمان اخر जमानेലുള്ള ഉലമാവരും യുസഹിദൂന നാസ ഫി ദുന്യാ ദുന്യാവുള്ള സുഹദ ആകാൻ വേണ്ടി ജനങ്ങളെ വറവണം ഭയപ്പെടുത്താറു യുഹദവണം സുഹദ വേണ്ടി എന്നല്ല പക്ഷെ വدايهതവന് ഓർത്ത് സുഹദ ആയി ജീവണം ആ ആലിമിന്റെ പോരിച്ചല്ല ഇനി തന്നെ ബോധിച്ച് ആണ് ഇനി അങ്ങനത്തെ ആളല്ലാത്ത ജനങ്ങളെന്നാത്ത പലതും പറഞ്ഞ് പേടിപ്പിക്കും ഓർക്ക് പേടിയില്ല ഓരോ രക്ഷപ്പെട്ടില്ലേ വയന്ഹവനാട്ടി ഭരണാധിപന്മാര ഇപ്പൊ ചുറ്റി പൊതിഞ്ഞാൽ നിൽക്കാൻ പാടില്ല ഓരോ പൈസ വാങ്ങാൻ പാടില്ല എന്നൊക്കെ വിരോധിക്കും വജവത്തുവിനെ ഓർക്ക് പോയി ജനങ്ങളെന്നാ ഓർക്ക് കൊടുക്കാനുള്ള വ്യക്തികളിൽ വലുവത്തിറോ തുഞ്ഞ അനല്ലാറത്തി ആക്രത്തിനേക്കാളാണ് ദുഞ്ഞാവിന്വർക്ക് മുൻഗണന കൊടുക്കും ജയകുലൂരബി അലച്ചിനെ നാവ് കൊണ്ടാ തീച്ചാ പറഞ്ഞ ബാക്കിൽ കൂടി ഇപ്പോഴത്തും കിട്ടിയാലെ കൊണ്ടും ഭക്ഷണത്തിന്റെ പാതിയായല്ല യൂനല്ല അകൂനൽ ഫുക്കറ പണക്കാർക്കാണ് ഓർ അടുക്കൽ സ്ഥാനമുള്ളത് ഫുക്കറായി സ്ഥാനം ഉണ്ടാവില്ല ഓർക്കൊണ്ടടുപ്പിക്കൂല യത്തകായറൂൻ അനൽ എൽ മിറ്റമാകായിരത്തിൽ പുരുഷന്മാരെ കാലത്തിൽ സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് തെർക്കുന്നില്ലേ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങന്മാർ കണ്ടു കൂടാ എന്നതുപോലെ ഇരുമിന്റെ വേട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടികൂടി കൂടിയാണ് നമ്മുലർക്കാ ഇൻമുലർക്കെ കണ്ടുകൂടാ അമ്പൂലർക്കണ്ടൂടാ ഏഹ് അവർക്ക് പോയിരുന്നൂടാട്ട അങ്ങനെയാണ് കടികൂടിയാണ് സഹായി അതെ നിജാല് ബാധത്തിലേക്ക് പോയാൽ ഈ ഈ നിസാ ഞച്ചതല്ല ഓ ബാധ പെണ്ണിട്ടാ തീരുമാനം വെച്ചോ കേട്ടാ നീങ്ങോട്ട് കുടിക്കോ ഇന്നമാതി അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടിന് ചോർന്നുകൊണ്ട് പേടിയാണ് അവൻ അതേപടി പോയി ആ പാർട്ടിയോട് ചേർന്നു നമ്മളെ കുട്ടിയിട്ട് പാലിച്ചാണ് കൊണ്ട് കളയുള്ളൂ അതിനൊപ്പം നോക്കാൻ ആളോപ്പിച്ച് ജലീസിങ്ങിനാ അതാ ഇവന്റെ ജലീത്തിനോട് ഇവരിക്ക് വെറുപ്പ് എന്നെ പറയുന്നത് ഇതാ ജാലത്ത് ബഹറാടൊക്കെ പോയിരുന്നാല് ഇവരോട് നീ എങ്ങനെയാ മറ്റേ മഞ്ിലേക്ക് പോയിരുന്നേ وَلَائِكَ الْجَبَّارُونَ عَدَاعُ الرَّحْمَانَ عَلَيَ جَبَّارِ وَعَكُدْرَنَارُ الله عندنا عدار جبار يقول <تصفيق> كذلك نروي وَقَالَ صلى الله عليه وسلم بَرَنْيُوا إِنَّ الشَّيْطَانَ رَبَّمَا يُسَوِّثِكُمْ بِالْعِلْمِ شَيْطَانَ عَدَاعُ وَدُوَلَّيْكُمْ وَالسَّلَامُ إِلْمُ قُلْدَهَا دَا صَوْفَيَاكُوا إِقْقَنُوا <تصفيق> بَ تقيل يا رسول الله فكن كذلك ادغنيا قال صلى الله عليه وسلم من طلب العلم وطلب العلم ولا تعمل من علم انت تعرفه عمل تينان عندهم حتى تعلم ما اري بغتي العمل صيا علم عندهم ايه عمل بهكيا علم الله ان عمل شيء انا فلا يزار للعلمي ും പറഞ്ഞുകൊണ്ട് നിൽക്കും അമലിന്റെ മുസ്തമിഫാക്കി അല്ലെ ഒരമല് ചെയ്യാതെ കണ്ടിപ്പം ഇൽമിനാമിസ്ഥാനം ഇൽമിനാസ്ഥാനം ഇൽമിനാസ്ഥാന അമലെന്താക്കും ഇങ്ങനെ നെടകടക്കാൻ പോയ നടക്കുന്ന അത്യാഗ്രഹം വെച്ച ഒരാളുണ്ടല്ലോ അയാള് പിന്നെ താദ്ബുദിനായി വിവാദത്തിനായി ചോദിച്ചിരുന്ന ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങൾ ഇങ്ങനല്ലോ ഉണ്ടായിരുന്നു ബന്ധം മാറിയ സക്കാട് കായിരൻ ഉറക്കത്തിൽ ഞാൻ കണ്ട ഒരാളെന്നോട് പറയുന്നു ഇതാക്കം തൊന്നിയൽമ നീ എത്ര കാലം മാറി എൽമിനെ വായിയാക്കുക ഉം അപ്പോഴത്തെ ഞാൻ പറഞ്ഞു ഇന്നീലെ ആഹ്ഹോ ഞാൻ കാണാപടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ വാജാക്കുന്നില്ല പക്കാലം എൽമി അല്ലാമൊക്കെ എൽമിന്റെ അഹ് പറഞ്ഞാൽ അതുകൊണ്ടുള്ള അമലാണ് വെറും കാണാപ്പടാക്കാൻ അല്ലാന്ന് പറഞ്ഞു അപ്പൊ തരത്ത് പരമവാക്കുമ്പോൾ തന്നെ അതുകൊണ്ട് പ്രമിനെ ഉപേക്ഷിച്ചിട്ട് അമലിന്റെ മേൽ ഞാൻ മുന്നിട്ട് وقال ابن مسعود رضي الله عنه പറയുന്നു লাইসালিল নবি কদরতি দিওয়ায়া কোরে দিওয়াত মারদিপিকাল আল্লাহ ইলম ন বললে ইনমাল ইলমুল খাসিয়াতু ইলম ইনাল খাসিয়াতু আনাল وقال انحتন رضي الله عنه ما انت مو মাছিতুম তালামু ফওয়াল্লাহিলা ইয়া যুরুকুম আল্লাহ তাআলা তাআমালু অরিপ গিনি আযিনাল লে আদা ইনকি পাত্তাল কারনা ন মারগিতু ചുരുക്കുമ്പോ അന്താത്ത അമലു നിങ്ങൾ അമൽ ചെയ്യാത്ത കാലത്തോളം മന്ത പോയി തരൂലിഹമ്മദ് സുഫഹ ആയ ആളുകൾക്ക് ലക്ഷ്യം എന്താണ് രുവായത്തായിരിക്കും പോലെ മുഖ്യ ലക്ഷ്യം വരമായിന്റെ ലക്ഷ്യമോ അത് വി ആയത്ത അത് നഷ്ടപ്പെട്ടു പോവാതെ അതിനൽ ചെയ്ത് അത് സുഷിക്കലാണ് മാനിക്കുന്നു എന്താവു എന്ന് പറയുന്നു ഇന്ന തലമല്ലെങ്കിലെ ഹസൻ ടല മുന്തിയ പണിയാൻ സമ്മതിച്ചി വൈനാൻ അതിനെ പരിപ്പെടുത്തലും അതും നല്ലതന്നെ പക്ഷെ ഇതാ സഹത്ത് നീയത് സഹിയാണെങ്കിലും വലാത്തിനെന്നുമായ പക്ഷെ നീ എന്ത് വേണം നേരം വെളുത്തത് മുതൽ വൈകുന്നേരം ആകുന്നതുവരെ നിലയ്ക്കൻ ആദ്യമായ കാര്യം എന്താണെന്ന് നീ ആലോചിച്ചിട്ട് ചെയ്യുക വരാ സുഹൃത്തിനാലെ ഹി ചെയ്യാൻ അതിനേക്കാൾ മമ്മിന് മുകളിന് കൊടുക്കേണ്ട ആദ്യമായ കാര്യം വിട്ടിട്ട് قَالَ ابن مسعود رضي الله عنه وارينو ان الله القرآن نعم الربي عمل كان வேண்டியان الله تعالى قران ركيه پس فت فتتم دراسته عمل ادنه دراستينه اگرای ماریکو ادنه ابر نلولানা رونی كده دراسته मैने दर्शन करी अमल आई मारी वतयती قوم يتكفونهم مثل كناتي ليتو بخياريكم والعالم الذين يائمون بالمريد الذي يثفدها وكل جاء الذي يثفد لذائذتهم تلاذحها ودقوبهم ادரന്നല്ല ഹനബറകണ്ടേ ഇതി ഖുർആനിലെ ഖനാത്തിന്റെ മാതി പക്ഷെ റൈതൂ ബിഹയാരിക മവനിങ്ങ കണ്ടത് ഖൈറായവരല്ല അനാദനേ കണ്ടവനെ കാങ്ക മള്ളൂർകുന്ന സ്ഥലത്തിലല്ല ഓർന്നു മൽ ചെയ്യാത്ത താലിമാല മാതിരി ചികിത്സിക്കുന്ന രോഗിയായ ഡോക്ടർ അല്ലെങ്കിൽ ഒരാൾ വിശക്കുന്ന അയാൾ രുചികരമായ ഭക്ഷണത്തിനെപ്പറ്റി ഇങ്ങനെ ക്ലാസ് അടക്കിയാണ് ഇന്നൊരു ഭക്ഷണമുണ്ട് ആ ഭക്ഷണം കഴിച്ചാൽ എന്തായാലും രുചി എന്നറിയോ ഇങ്ങനെ ഉണ്ടാക്കത്തില്ല പക്ഷെ അയാൾ ഒറ്റപ്പെടുത്തിയിരിക്കുന്നില്ല ഒരാളെ ബഫീ മിസഹി കൗതൂത്താല വലക്കുമൊൻ വൈഡും ഇമ്മാർന്നില്ല നിങ്ങൾ ആ ഒരു കാര്യത്തിനാണ് നിങ്ങൾക്ക് വഴി കിട്ടിയതെന്ന് അതായത് അമലില്ലാതെ കിട്ടും പുറം ബഫീൽ മാത്രം പറഫീൽഖിന്നലാമത്തിൽ ആലിമിൻ മുനാഫിത്തും ആലിമിന്റെ ദല്ലത്ത് അതുപോലെ കുർഹാനിൽ ഒരു മുനാഫിത്തിന്റെ ജിതാല് കുർഹാന്റെ ആയത്തെങ്ങിനെ ഇങ്ങനെയാ വന്നിട്ട് കുട്ടികൾ പരസ്പരം ഇവരുടെ പിങ്ങനെ പറയുന്നുണ്ട് ഇവരുടെ തങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ എഴുതി ചൂട്ടൽ മൂന്ന് സഹീരം ഈ സബ്ദ ഇപ്പുറം പറയുന്നുണ്ട്